ാമത്തിന് മഹത്വം കുഞ്ഞുങ്ങളുടെ ഒരു സൺഡേ ആയിട്ടാണല്ലോ ഈ ഞായറാഴ്ച നമ്മൾ ചിന്തിക്കുന്നതപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ പാട്ടിൽ പാട്ടിൻ്റെ ലിസ്റ്റ് വന്നപ്പോൾ അതിലുള്ള പാട്ടുകളെല്ലാം സ്നേഹത്തെക്കുറിച്ചുള്ള പാട്ടുകളായിരുന്നു എൻ്റെ യേശു എൻ പ്രിയൻ എനിക്കുള്ളൊന്നെയ് എൻ്റെ പ്രിയനെപ്പോൽ സുന്ദരനായിട്ട് ഞാൻ ആരെയും കാണുന്നില്ല എന്നൊക്കെയുള്ള പാട്ടുകളാണ് നൂറ്റി മുപ്പത്തിനാലാമത്തെ പാട്ട് നൂറ്റി നാൽപ്പത്തൊന്നാമത്തെ പാട്ട് ഒടുവിലായിട്ട് നമ്മൾ പാടിയ ഡൈലവിങ് കൈൻഡ്നെസ് ഈ പാട്ട് ഇതൊക്കെയും സ്നേഹത്തെക്കുറിച്ചും കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും ഉള്ളൊരു വരികളായിരുന്നു കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങൾ മാത്രമല്ല നമ്മളെല്ലാവരുടെയും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ട ഒരു കാര്യം കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു ഉറപ്പാണ് ഉറപ്പാണ് ആ ഒരു അടിത്തറ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം ക്രിസ്തീയ ജീവിതം വളരെ പാരപ്പെട്ട ഒരു ജീവിതമായി തീരും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ആകെ അടുത്ത് ഈ ലോകമനുഷ്യരേക്കാൾ അരിഷ്ടരായിത്തീരും എന്ന് പറഞ്ഞാൽ എന്താ ലോകമനുഷ്യർക്കൊന്നുമല്ലെങ്കിൽ ലോകത്തിൻ്റെതായ ഉല്ലാസങ്ങളൊക്കെ ഉണ്ട് അവർക്കെന്താ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മതി അവർക്ക് ഉല്ലസിക്കാൻ നമുക്ക് അതിലൊട്ടുല്ലാസവുമില്ല ഇവിടെ ക്രിസ്തീയ ജീവിതം വാഗ്ദാനം ചെയ്യുന്ന ആ സന്തോഷവുമില്ല രണ്ടിനും ഇടയിൽപ്പെട്ടവരെ പോലെ ഒരു തരം കൂടുതൽ അരിഷ്ടരായ മനുഷ്യരായിത്തീരും അതുകൊണ്ട് പ്രാഥമികമായിട്ടൊരു സഭയിൽ വരുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും പ്രാഥമികമായിട്ട് വേണ്ടത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഉള്ള ആ ഒരു ഉറപ്പും ഒരു ധൈര്യവുമാണ് വേണ്ടത് ചെറുപ്പക്കാർ പ്രത്യേകിച്ചും ആ ഒരു ഉറപ്പും ധൈര്യവും അവരുടെ ജീവിതത്തിൽ തുടക്കത്തിൽ തന്നെ പ്രാപിച്ചില്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ആകെപ്പാടെ അടിസ്ഥാനം ശരിയല്ലാത്ത ഒരു കെട്ടിടം പോലെ നമ്മൾ ചിലപ്പോൾ പട്ടണങ്ങളിലൂടെ പോകുമ്പോൾ ചില കെട്ടിടങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട് നിൽക്കുന്നുണ്ട് ഞാൻ ഈയിടെ പോയ വഴിക്കൊരു കെട്ടിടം അങ്ങനെ കണ്ടു വലിയ കെട്ടിടമോ മൂന്നോ നാലോ നിലയുള്ള കെട്ടിടോ പക്ഷെ അവിടെ ആരും പാർക്കുന്നില്ല ഒരു കട പോലുമില്ല എന്താ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിസ്ഥാനം ഷേക്കിയാണ് അത് ഉറപ്പുള്ളതല്ല എന്ന് കണ്ടിട്ട് ആരും അവിടെ പാർക്കാതെ മാറിപ്പോയി ആൾ പാർപ്പില്ല അങ്ങനെയായി പോകരുത് നമ്മുടെ ജീവിതം നമുക്ക് ഒരു വാക്യം പത്രോസ് പറഞ്ഞ ലേഖനത്തിൽ നിന്ന് നോക്കാം ഒന്ന് പത്രോസ് ഒന്നാമധ്യായം എട്ടാമത്തെ വാക്യം ഒരു കൊച്ചു വാക്യമാണ് ഒന്ന് പത്രോസ് ഒന്നാമധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു പത്രോസ് നമുക്ക് ലേഖനം എഴുതുമ്പോൾ പത്രോസ് അവനെ കണ്ടിട്ടുണ്ട് ആരെയാണ് കർത്താവിനെ കണ്ടിട്ടുണ്ട് കർത്താവിൻ്റെ കൂടെ മൂന്നര വർഷം കഴിഞ്ഞിട്ടുണ്ട് നമ്മളോ നമ്മൾ കർത്താവിനെ കണ്ടിട്ടുണ്ടോ ചിലർ പറയും അങ്ങനെ ഒരു അതല്ല ഞാൻ പറഞ്ഞത് നമ്മൾ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കർത്താവിനെ കണ്ടിട്ടില്ല പക്ഷേ കർത്താവിനെ കണ്ടിട്ടില്ലെങ്കിലും നമ്മളവനെ സ്നേഹിക്കണം സ്നേഹിക്കുന്നു അതൊരു വലിയൊരു കാര്യമാണ് കർത്താവിനെ നമ്മൾ സ്നേഹിക്കണം കർത്താവിനെ സ്നേഹിക്കണം നമ്മൾ കാണാതെയാണ് സ്നേഹിക്കുന്നത് കർത്താവ് ഒരിക്കലും ഈ സെൻറ്റ് തോമസിനോട് പറഞ്ഞല്ലോ നമ്മുടെ ഇവിടെ കേരളത്തിൽ വന്നു എന്നൊക്കെ വിശ്വസിക്കുന്ന തോമാസിനോട് പറഞ്ഞു യോഹനാൻ്റെ സുശേഷം ഇരുപതാം അദ്ധ്യായത്തിലാണ് അവനോട് പറഞ്ഞു നീ എന്ത് ചെയ്തു നീയെ എന്നെ കണ്ടത് കൊണ്ട് വിശ്വസിച്ചു ഇരുപതിൻ്റെ ഇരുപതിൻ്റെ ഇരുപത്തിയൊൻപതാമത്തെ വാക്യം യോഹന്നെൻ്റെ സുവിശേഷം ഇരുപതിൻ്റെ ഇരുപത്തിയൊൻപത് നീ എന്നെ കണ്ടത് കൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാൻമാർ എന്ന കർത്താവ് പറഞ്ഞു ബ്ലസ്ഡാർ നമുക്കറിയാമല്ലോ മൊത്തം ഏഴ് സുവിശേഷം അഞ്ചു ആറ് ഏഴ് അധ്യായങ്ങളിൽ ഭാഗ്യവാൻമാർ ഭാഗ്യവാൻമാർ എന്ന് പറഞ്ഞ് പല കാര്യങ്ങളെ കർത്താവ് പറയുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇതാ ഇവിടെ ഒരു ഭാഗ്യവാന്മാരെ കുറിച്ച് പറയുന്നു ബ്ലസ്സഡ് ആരാത് കാണാതെ വിശ്വസിച്ചു തോമസ് എന്ത് ചെയ്തു തോമസ് കർത്താവിനോട് കൂടെ നടന്നു കണ്ടു വിശ്വസിച്ചു എന്ന് തന്നെയല്ല വിശ്വസിക്കാൻ ഒക്കാത്ത ഒരു സാഹചര്യം കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞപ്പം അവൻ പറഞ്ഞു ഞാനവൻ്റെ ആണിപ്പഴുതിൽ വിരലിട്ടാലേ ഞാൻ വിശ്വസിക്കുകയുള്ളെന്ന് പറഞ്ഞു അപ്പോൾ കർത്താവ് അവൻ്റെ തലത്തിലേക്ക് താണുവന്ന് അവനെ പിന്നെ അഭിമുഖിച്ചപ്പോൾ പറഞ്ഞ് തോമസെ ഇവിടെ വാ നീ എൻ്റെ വിലാപ്പുറത്ത് കൈയിട് എൻ്റെ ആണിപ്പഴുതിൽ വിരലിട് അവനത് ചെയ്തു എൻ്റെ ദൈവവും എൻ്റെ കർത്താവുമായുള്ളവേ എന്ന് പറഞ്ഞ് എൻ്റെ കർത്താവ് എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് പറഞ്ഞ് അവനെ യഥാസ്ഥാനപ്പെട്ടു യഥാസ്ഥാനപ്പെട്ടപ്പോൾ കർത്താവ് പറയുന്നു നീ കൊള്ളാം കുഴപ്പമൊന്നുമില്ല നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു പക്ഷേ കാണാതെ വിശ്വസിച്ചവരാണ് മോർ ബ്ലസ്സഡ് കൂടുതൽ അനുഗ്രഹീതർ നമുക്കുള്ള വിളി എന്താ നമുക്കുള്ളത് തോമസിനില്ലാത്തതിനേക്കാൾ കവിഞ്ഞ ഒരു ഭാഗ്യാവസ്ഥയിലേക്കുള്ള വിളിയ കാണാതെ അവനെ വിശ്വസിക്കുക പത്രോസ് പറയുന്നു നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും അവനെ സ്നേഹിക്കുന്നു തോമസ് തോമസിനോട് പറയുന്നു കാണാതെ ആണെങ്കിലും വിശ്വസിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ എന്ന് പറയുന്നു നമ്മൾ ഈ നമ്മൾ നേരത്തെ വായിച്ച വാക്യങ്ങളോട് ബന്ധപ്പെട്ട് കർത്താവിനോടൊപ്പം നടന്ന കർത്താവിൻ്റെ അർത്ഥ സഹോദരനായ യാക്കോബ് യാക്കോബ് പറഞ്ഞേക്കുന്ന ഒരു വാക്യം കൂടെ നമുക്ക് സ്നേഹത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് നോക്കാം യാക്കോബിൻ്റെ ലേഖനം ഒന്നാമത്തെ ആയ അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പരീക്ഷ സഹിക്കുന്ന മനുഷ്യർ ഭാഗ്യമായി അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും ഞാൻ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം പന്ത്രണ്ടിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് പറയാനായിട്ട് ആഗ്രഹിച്ചത് കർത്താവ് ആർക്കാ ജീവകിരീടം നൽകുന്നത് തന്നെ സ്നേഹിക്കുന്നവർക്ക് ആ ജീവകിരീടം നൽകുന്നത് അവർ ഭാഗ്യവാന്മാരാ ഈ ജീവകിരീടം പ്രാപിക്കത്തക്കവണ്ണം അവനെ സ്നേഹിക്കാൻ ഉള്ള സാഹചര്യമായിരുന്നോ അല്ല പലതരത്തിലുള്ള പരീക്ഷകളിലൂടെ കടന്നാ പരീക്ഷ വരുമ്പോൾ പരീക്ഷ വരുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തെ സംശയിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലേ ദൈവം നമ്മളെ സ്നേഹിക്കുന്നെങ്കിൽ ഇത് അനുവദിക്കുമോ ദൈവം നമ്മെ സ്നേഹിക്കുന്നെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക് ഇങ്ങനെയൊരു ശോധന അയക്കുമോ ദൈവം നമ്മെ സ്നേഹിക്കുന്നെങ്കിൽ നമ്മുടെ കുഞ്ഞ് പരീക്ഷയിൽ പരാജയപ്പെട്ടു പോകുമോ പരീക്ഷ വരുമ്പോൾ പരീക്ഷ വരുമ്പോൾ പലതരത്തിലുള്ള കഷ്ടതകൾ ക്ലേശങ്ങൾ വരുമ്പോൾ പരീക്ഷകൾ വരുമ്പോൾ ഈ പരീക്ഷകളെല്ലാം നമ്മളെ കർത്താവിൽ നിന്നുള്ള വിശ്വാസത്തിൽ നിന്നും കർത്താവിൽ നിന്നുള്ള സ്നേഹത്തിൽ നിന്നും നമ്മളെ വീഴ്ത്തിക്കളയാൻ ഉന്നം വെച്ചിട്ടുള്ളതാണ് ഈ പരീക്ഷകളൊക്കെ അപ്പോൾ ആ പരീക്ഷയുടെ മധ്യത്തിലും ആ വലിയ കഷ്ടതകളുടെ മധ്യത്തിലും ആ വലിയ വെല്ലുവിളികളുടെ മധ്യത്തിലും കർത്താവിനോടുള്ള ഒരു സിമ്പിൾ പ്യുവർ ഡിവോഷൻ ലളിതമായ നിർമ്മലമായ ഒരു സ്നേഹം നിലനിർത്തി പോരാൻ കഴിയുന്ന ആളുകൾ എന്താ അവർ ആ ഭാഗ്യവാന്മാർ അവർക്ക് ഉണ്ടായ ആ കഷ്ടത പോലും അവരെ ഭാഗ്യാവസ്ഥയിലേക്കാണ് നയിക്കുന്നത് കാരണം അവർക്ക് കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് കഷ്ടങ്ങളുടെ നടുവിലും തന്നോടുള്ള സ്നേഹത്തെ പിടിച്ചു നിന്നവർക്ക് അവർക്കാണ് ജീവകിരീടം വെച്ചിട്ടുള്ളത് എന്ന് യാക്കോബ് പറയുന്നു കണ്ടോ കർത്താവിനെ സ്നേഹിക്കുന്നത് എത്ര വലിയ ഒരു കാര്യമാണ് നമ്മൾ പത്രോ ലേഖനത്തിൽ നിന്ന് നമ്മൾ തുടക്കത്തിൽ വായിച്ച ആ വാക്യവും അതിൻ്റെ പശ്ചാത്തലം നമ്മൾ നോക്കിയാൽ അതും കഷ്ടതയോട് കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് പത്രോസ് എന്ത് പറയുന്നത് നിങ്ങൾ അവനെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം പറയുന്നു നമ്മൾ മുമ്പേ വായിച്ച ഒന്ന് പത്രോസ് ഒന്നാമധ്യായം എട്ടാമത്തെ വാക്യമാണല്ലോ നമ്മൾ വായിച്ചത് അതിൻ്റെ മുകളിൽ മുകളിലുള്ള വാക്യങ്ങളോടതിനെ ചേർത്ത് ചിന്തിച്ചാൽ ആറ് മുതലുള്ള വാക്യങ്ങൾ അതിനാൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും കണ്ടോ നിങ്ങൾക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും നാനാ ദുഃഖങ്ങളും ഒക്കെ ആ ഒരു പശ്ചാത്തലത്തിലാണ് എന്ന് പറയുന്നത് നിങ്ങളവനെ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു കാണാതെ വിശ്വസിക്കുന്നു എന്നെല്ലാം പത്രോസ് ഒന്നാമധ്യായം എട്ടിൽ പറയുമ്പോൾ ആ പശ്ചാത്തലം കൂടെ നമ്മൾ കാണണം പ്രിയപ്പെട്ടവരെ നമ്മൾ എന്താ ചിന്തിച്ച് വരുന്നത് നമ്മൾ പറഞ്ഞു വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർത്താവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് ആ കർത്താവിനെ സ്നേഹിക്കാൻ എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം എന്നുള്ളത് ആർക്കും അറിയാം പിശാജിനും അറിയാം അതുകൊണ്ടവൻ പരീക്ഷകൾ കൊണ്ടുവരും പരീക്ഷകൾ കൊണ്ടുവരുമ്പോൾ അത് പ്രാഥമികമായിട്ടും ഉന്നം വയ്ക്കുന്നത് കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹത്തിലാണ് ഉന്നം വയ്ക്കുന്നത് അതായത് അവനോടുള്ള നമ്മുടെ സ്നേഹ സ്നേഹത്തെ കെടുത്തിക്കളയത്തക്കവണ്ണമാണ് പിശാജ് ഈ പരീക്ഷകളൊക്കെ കൊണ്ടുവരുന്നത് ഈ ഒബിനെ കൊണ്ടുവന്ന പരീക്ഷകൾ നമുക്കറിയാമല്ലോ അവൻ്റെ ഭാര്യ പോലും യോബിൻ്റെ ഭാര്യ പോലും പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം പിടിച്ചുകൊണ്ട് നിൽക്കേണ്ട കാര്യമുണ്ടോ നിൻ്റെ വിശ്വാസം തേച്ച് കളഞ്ഞിട്ട് മരിച്ചു കളകാം എന്നൊക്കെയാണ് അവൾ പറഞ്ഞത് അപ്പോൾ അതാണ് സ്വാഭാവികമായ ഒരു മനുഷ്യൻ്റെ പ്രതികരണം ഇത്രയും കഷ്ടങ്ങളും പരീക്ഷകളും വരുമ്പോൾ ആ പരീക്ഷകളൊക്കെ അനുവദിച്ച ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ സ്നേഹിക്കുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആ ദൈവത്തെ ഞാനെന്തിനാണ് സ്നേഹിക്കുന്നത് കണ്ടോ അതിലേക്കാണ് പരീക്ഷകൾ വരുന്നത് എന്നാലിവിടെ പത്രദോസ് പറയുന്നു നിങ്ങൾ നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളവനെ സ്നേഹിക്കണം വിശ്വസിക്കണം യാക്കോവ് പറയുന്നു നിങ്ങൾ അങ്ങനെയുള്ള കഷ്ടങ്ങളിലൂടെ കടന്നു ആ കഷ്ടത നിങ്ങൾക്ക് ഭാഗ്യമാണ് കാര്യം ആ കഷ്ടങ്ങളുടെ നടുവിലും നിങ്ങളവനോടുള്ള സ്നേഹത്തെ പിടിച്ചു അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള ഉറപ്പിനെ വിട്ടുകളഞ്ഞില്ല അതുകൊണ്ട് ആ സ്നേഹത്തെ നിങ്ങൾ നിലനിർത്തിയത് കൊണ്ട് നിങ്ങൾക്ക് ജീവകിരീടം ലഭിക്കും എന്നെല്ലാം ഇവിടെ പറയും പ്രിയപ്പെട്ടവർ നമ്മൾ പറഞ്ഞു വന്നത് കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹമാണ് പ്രധാനം എന്നുള്ളതാണല്ലോ നമുക്കെങ്ങനെയാണ് ഈ കഷ്ടങ്ങളുടെ നടുവിൽ പ്രയാസങ്ങളുടെ നടുവിൽ അപ്രതീക്ഷിതമായ ചില സംഭവവികാസങ്ങളുടെ മുമ്പാകെ നമുക്കെങ്ങനെയാണ് കർത്താവിനെ സ്നേഹിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നത് കഴിയുന്നത് ആദ്യം അവൻ നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം നമ്മുടെ കണ്ണിന് മുമ്പിൽ വളരെ തെളിമയോടെ കാണുമ്പോൾ മാത്രമേ നമുക്ക് അവനെ സ്നേഹിക്കാൻ ഒക്കെയുള്ളൂ ഈ സ്നേഹത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് സ്നേഹമെന്ന് പറഞ്ഞാൽ നമുക്ക് ചുമ്മാതെ ആരെയും കയറി അങ്ങ് സ്നേഹിക്കാനൊക്കെയില്ല ഒക്കുമോ ഇവിടെ ഇരിക്കുന്നത് നമുക്കറിയാം സ്നേഹ സ്നേഹം ഒരു കാര്യത്തോടുള്ള പ്രതികരണമാണ് നമ്മളോടൊരാള് കരുതല് കാണിക്കുന്നു നമ്മളോടൊരാള് സ്നേഹം കാണിക്കുന്നു നമ്മളോടൊരാള് ഒരു അടുപ്പം കാണിക്കുന്നു അതിനോടുള്ള പ്രതികരണമാണ് ആ ആളിനോടുള്ള നമ്മുടെ സ്നേഹം അതുകൊണ്ട് ഇത് ക്രിസ്തീയതയെ സംബന്ധിച്ച് ശരിയാണ് കർത്താവും നമ്മളും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് ശരിയാണ് ഒന്ന് യോഹന്നാനിൽ ഈ കാര്യം കാണുന്നുണ്ടല്ലോ ഒന്ന് യോഹന്നാൻ നാലാമധ്യായം നാലാമധ്യായത്തിൽ സ്നേഹത്തിൻ്റെ അപ്പോസ്റ്റിൽ നിന്ന് വിളിക്കപ്പെട്ട യോഹന്നാൻ ഒരുപക്ഷെ സ്നേഹത്തെക്കുറിച്ച് കൂലംകക്ഷമായിട്ട് മറ്റുള്ളവരെക്കാൾ ചിന്തിച്ച് കാണും എന്താ സ്നേഹം എല്ലാവരും എന്നെ കയറി സ്നേഹത്തിൻ്റെ അപ്പോസ്റ്റലിൽ നിന്നൊക്കെ വിളിക്കുന്നല്ലോ അതുകൊണ്ട് ഞാൻ ആകെപ്പാടെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സ്നേഹത്തെ തന്നെയാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്യേണ്ട കാര്യം എന്ന് വിചാരിച്ച് ഒരുപക്ഷെ യോഹന്നാൻ അപ്പോസ്റ്റലിന് സ്നേഹത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുണ്ടാവും യോഹനാനെക്കുറിച്ചൊരു കഥയുണ്ട് യോഹനാൻ അപ്പോസ്റ്റലിനെക്കുറിച്ച് ഈ ഈ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും ഒടുവിൽ മരിച്ച ആൾ യോഹനാൻ യോഹന്നാൻ ആ പുസ്തകനാണല്ലോ യോഹന്നാൻ സ്നാപകനല്ല യോഹന്നെ കർത്താവിൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നവൻ യോഹന്നാൻ്റെ ലേഖനം എഴുതിയത് യോഹനാൻ്റെ സുവിശേഷം എഴുതിയത് ആ യോഹന്നെ ഈ യോഹന്നാൻ ഏകദേശം എടി തൊണ്ണൂറ് വരെ തൊണ്ണൂറ്റഞ്ച് വരെ ജീവിച്ചിരുന്നു എന്നാണ് പാരമ്പര്യം പറയുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ തൊണ്ണൂറ് ഏടി തൊണ്ണൂറൊക്കെ അടുത്തപ്പോഴ് ബാക്കിയുള്ള കർത്താവിനെ കണ്ടിട്ടുള്ള ശിഷ്യന്മാരൊക്കെ മരിച്ചുപോയി എ ഡി അറുപത്തി നാലിലൊക്കെ എ ഡി അറുപതടുത്ത് ക്രിസ്തുസഭയ്ക്ക് വലിയ പീഠയുണ്ടായി നീറോ ചക്രവർത്തിയുടെ പീഠയുണ്ടായി പീഡയുണ്ടായപ്പോൾ ഒത്തിരി പേര് ഒത്തിരി പേര് കൊല്ലപ്പെട്ടു ആദ്യം യാക്കോവിനെ കൊന്നു ഹേരോദാവ് യാക്കോവിനെ വാൾ കൊണ്ടുവന്നു പത്രോസിനെ പിടിച്ച തടവിലാക്കി പക്ഷേ പത്രോസിനെ ദൂതൻ മോചിപ്പിച്ചു പക്ഷേ അതൊന്നും ആത്യന്തികമായിട്ടൊരു രക്തസാക്ഷി മരണത്തിൽ നിന്ന് പത്രോസിനെ രക്ഷപ്പെടുത്തിയില്ല പിന്നീട് ഈ റോമൻ ചക്രവർത്തിമാരുടെ കൈകളാൽ പത്രോസ് താന് ഒരു ക്രൂശി മരണം വരിച്ചാണ് കൊല്ലപ്പെട്ടത് എന്നാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റ് ശിഷ്യന്മാരും ഒക്കെ അങ്ങനെ പലയിടത്ത് ചെന്ന് കൊല്ലപ്പെട്ടു നമുക്കറിയാം പാരമ്പര്യം പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ സെൻറ് തോമസ് എന്ന് വിളിക്കുന്ന തോമസ് ഇന്ത്യയിലേക്ക് വന്നു ഇന്ത്യയിലേക്ക് വന്ന് മൈലാപ്പൂരിൽ വെച്ച് കുന്തം കൊണ്ട് കുത്തി അദ്ദേഹം കൊല്ലപ്പെട്ടു അങ്ങനെ ശിഷ്യന്മാരെല്ലാം എന്തുപറ്റി എല്ലാവരും തന്നെ രക്തസാക്ഷികളായിട്ട് മരിച്ചു ആ കാലഘട്ടത്തിൽ ഈ ക്രിസ്തീയതയ്ക്ക് ഒരു നവചൈതന്യം പകർന്നുകൊണ്ട് മുന്നോട്ട് വന്ന പൗലോസും എ ഡി അറുപത്തിനാലിൽ നീറോ ചക്രവർത്തിയുടെ വാളാൽ ശിരച്ഛേദം ചെയ്ത് കൊല്ലപ്പെട്ടു അങ്ങനെ എല്ലാം കാര്യങ്ങൾ കഴിയുക അപ്പോഴും ഒരാൾ ജീവിച്ചിരിപ്പുണ്ടാരുണ്ട് യോഹന്നാനെ പലതരത്തിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ആ യോഹന്നാനെ നാടുകടത്തി നമുക്കറിയാം അതിൽ നിന്നാണ് വെളിപ്പാട് പുസ്തകം ഉണ്ടായത് ആ നാടുകടത്തിയിട്ടും ഏ നാട് കടത്തിയിട്ടും ഓരോ എന്തെല്ലാം നോക്കിയിട്ടും പറ്റാതെ വന്നപ്പോൾ അവസാനം യോഹനാനെ തടവിൽ നിന്നൊക്കെ വിട്ട് യോഹനാൻ ഒത്തിരി പ്രായമൊക്കെ ആയി അങ്ങനെ പിന്നെയും സജീവമായിട്ട് നിൽക്കുക പക്ഷേ പ്രായമൊക്കെ ആയപ്പോൾ എന്താ പല ഓർമ്മയില്ല നമ്മൾ പ്രായമായി വരുമ്പോൾ നമുക്ക് വരുന്ന ഒരു കാര്യമാണ് ഓർമ്മ കണ്ണിന് കാഴ്ചയില്ല ഇപ്പോഴേ നമുക്ക് കണ്ണാടിയൊക്കെ ഉണ്ട് നമുക്ക് പുസ്തകമൊക്കെ എടുത്ത് വായിക്കാം ആ കാലഘട്ടത്തിൽ കണ്ണാടി ഉണ്ടായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും യോഹനാന് ഈ ചുരുളുകളൊന്നും വായിക്കാൻ ഒക്കുന്നില്ല യേശു മൊത്തമുള്ള ആ സ്നെ ആ സംഭവങ്ങളൊക്കെ ഓർക്കാനായിട്ട് ചിലപ്പോൾ ഓർമ്മയ്ക്ക് ചിലപ്പോൾ തപ്പലുണ്ടായിരിക്കാം എന്നാലും അന്ന് ഒന്നാം നൂറ്റാണ്ടിലെ മീറ്റിങ്ങിലൊക്കെ ഈ യോഹന്നാനെ ആളുകൾ എടുത്തുകൊണ്ട് മീറ്റിങ്ങിൽ കൊണ്ടുവന്ന് വയ്ക്കും എന്നാണ് ഐതിഹ്യം എന്നിട്ട് ആളുകളൊക്കെ പ്രസംഗിക്കും മീറ്റിങ്ങല്ലേ പ്രസംഗമൊക്കെ നടക്കുമ്പോൾ ആകെപ്പാടെ എല്ലാവരുടെയും ദൃഷ്ടി ആരുടെ മേലെ ഈ യോഹന്നാൻ്റെ ഈ ആൾ മാത്രമേ ആരെ കണ്ടിട്ടുള്ളൂ യേശുവിനെ കണ്ടിട്ടുള്ളൂ ആരാ കൊച്ചാളൊന്നുമല്ല യേശുവിൻ്റെ നെഞ്ചോട് ചാ ചേ ചാഞ്ഞിരുന്നവനാണ് ഏ മൂന്ന് മൂന്ന് പ്രത്യേക ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ഇങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി ഇദ്ദേഹത്തെക്കുറിച്ചൊരു ഹാലോ തലയ്ക്ക് ചുറ്റും ഒരു ഹാലോ ഉണ്ട് ആളുകളൊക്കെ പുതിയതായിട്ട് സഭയിലേക്ക് വരുന്നവരൊക്കെ യോഹന്നാനെ വളരെ റെസ്പെക്റ്റോടാണ് കാണുന്നു പക്ഷേ യോഹന്നാൻ ഒരു അരച്ചിരിയൊക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങിരിക്കുക ഞാൻ ഭാവന ചെയ്യുകയാണെ തനിക്കൊന്നും പ്രസംഗിക്കാനില്ല എണ്ണിറ്റ് നിൽക്കാനൊക്കെ ഇല്ല നടക്കാൻ വയ്യ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ മീറ്റിങ്ങൊക്കെ ആകുമ്പോൾ ആളുകൾ പറയും യോഹനാനെ നീ മാത്രമാണല്ലോ കർത്താവിനെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് എന്തെങ്കിലും ഒരു രണ്ട് വാക്ക് ഞങ്ങളോട് പറ കർത്താവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അന്ന് ഒന്നിച്ചിരുന്നതോ എന്തെങ്കിലും ഒരു സംഭവം പറ എന്ന് പറയും യോഹനാനപ്പോൾ ആകെപ്പാടെ വളരെ ബന്ധപ്പെട്ട് രണ്ട് വാക്ക് പറയും ആ രണ്ട് വാക്ക് സ്നേഹം ഒന്നുകൂടെ പറ അപ്പോഴും സ്നേഹം രണ്ടു വാക്ക അതുകൊണ്ടാണ് അതാണ് ഐതിഹ്യം യോഹന്നാനെക്കുറിച്ചുള്ള ഐതിഹ്യം പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് യോഹനാനപ്പോൾ സ്നേഹത്തിൻ്റെ അപ്പോസ്ഥലെന്ന് അദ്ദേഹത്തെ ആളുകൾ പറഞ്ഞു ആ സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ താൻ ഒരു പക്ഷേ കർത്താവിനെ സ്നേഹിക്കുന്നതിനെക്കുറിച്ചൊക്കെ അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ ചിന്തിച്ച് താൻ എങ്ങനെയാണ് അത് കഴിയുന്നത് എന്നുള്ളത് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഒന്ന് യോഹന്ന നാലാമധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് നാം സ്നേഹിക്കുന്നു ഒന്ന് യോന്നാലിൻ്റെ പത്തൊമ്പത് ആരാവൻ കർത്താവ് കർത്താവ് ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു ഞാൻ പറഞ്ഞു സ്നേഹമെന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രതിസ്പന്ദനമാണ് ആദ്യം ഒരു സ്പന്ദനമുണ്ടായി അതിൻ്റെ പ്രതിസ്പന്ദനമാണ് ആദ്യം ഒരു നീക്കമുണ്ടായി അതിൻ്റെ പ്രതികരണമാണ് നമ്മളോടൊരാളൊരു താല്പര്യം കാണിക്കുന്നു നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ ഇതാ കർത്താവ് എന്തോ ചെയ്തു കർത്താവ നമ്മളെ ഒന്നാമത് സ്നേഹിച്ചത് ഒന്നാമത് സ്നേഹിച്ചു അവൻ നമ്മെ സ്നേഹിച്ചു അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു അപ്പം കണ്ടോ നമ്മൾ പറഞ്ഞു വരുന്നത് കാണാതെ അവനെ സ്നേഹിക്കുന്ന ഭാഗ്യാവസ്ഥ ആ ഭാഗ്യാവസ്ഥ കഷ്ടതയിലുമൊക്കെ എങ്ങനെ നിലനിർത്താൻ കഴിയും എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത് അപ്പോൾ കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹത്തെ നിലനിർത്താൻ കഴിയുന്നത് ഒന്നാമത് കർത്താവ് നമ്മെ സ്നേഹിച്ചു കർത്താവിന് നമ്മോടുള്ള സ്നേഹം ആ ഒരു കാര്യം കണ്ടാലേ ആ ഒരു കാര്യം കാണേണ്ടതുപോലെ കണ്ടാലേ നമുക്ക് എന്ത് ചെയ്യാനൊക്കെ ഉള്ളൂ നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം നഷ്ടപ്പെടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ടൊക്കെയുള്ളൂ ആ ഒരു കാര്യമാണ് ഇന്ന് കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു അടിത്തറയെന്നുള്ള നിലയിൽ നമുക്ക് നമ്മളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അത് ചില വാക്യങ്ങൾ മാത്രം എടുത്ത് നമുക്ക് ചിന്തിക്കാം മനുഷ്യൻ്റെ വലിയ സ്മാർട്ടായ വാക്കുകളേക്കാൾ എപ്പോഴും ഏതേ നിലനിൽക്കുകയുള്ളൂ ദൈവവചനമേ നിലനിൽക്കുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് ദൈവവചനം തന്നെ ദൈവവചനം തന്നെ വളരെ വേഗത്തിൽ കർത്താവിൻ്റെ സ്നേഹം ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം അതിന് പല കളറുണ്ട് മഴവില്ലൊന്നേ ഉള്ളൂ പക്ഷേ മഴവില്ലിന് എന്തുണ്ട് മഴവില്ലിന് പല നിറമുണ്ട് എന്ന് പറഞ്ഞ പോലെ ദൈവമൊന്നേ ഉള്ളൂ ആ ദൈവത്തിൻ്റെ നമ്മോടുള്ള സ്നേഹത്തിന് പക്ഷേ പല ഷെയ്ഡുണ്ട് പല പല കളറുണ്ട് അതൊക്കെ ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ വചനങ്ങൾ നമുക്ക് നമുക്ക് നേരിട്ട് ആ വചനങ്ങൾ തന്നെ നമുക്ക് വായിച്ച് അതിനെ നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറയാക്കി നിന്നാൽ നമ്മൾ പിന്നെന്ത് ചെയ്യേല കുലുങ്ങി പോവുകയില്ല കുറച്ച് കഴിയുമ്പോൾ ദൈവത്തിന് എന്നോട് ദേഷ്യമാണോ ദൈവം എന്നെ തള്ളിക്കളഞ്ഞോ ദൈവം എന്നെ ഉപേക്ഷിച്ചോ ദൈവം എന്നെ ഓടി നരകത്തിൽ കളയുമോ ഇങ്ങനെയുള്ള പേടിയിൽ നിന്നൊക്കെ നമുക്ക് ഒഴിഞ്ഞു നിൽക്കാനായിട്ട് കഴിയും കാരണം അവൻ ഒന്നാമത് നമ്മെ സ്നേഹിച്ചു എന്ന് മാത്രമല്ല ആ കാര്യം കണ്ടാലേ നമുക്ക് തിരിച്ചവനെ സ്നേഹിക്കാനൊക്കെ ഉള്ളു അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളരെ പ്രാഥമികമായ ഒരു കാര്യമാണ് ദൈവം നമ്മെ സ്നേഹിച്ചു സ്നേഹിക്കുന്നു പല നിലകളിൽ നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം ദൈവ വചനത്തിൽ നിന്ന് തന്നെ നമ്മൾ നേരിട്ട് ഉൾക്കൊള്ളേണ്ടത് വളരെ വളരെ വളരെ പ്രാഥമികമായ കാര്യമാണ് പിശാചുന്യം വെക്കുന്നത് ദൈവത്തിന് നമ്മോടുള്ള ഈ സ്നേഹത്തെ അതിനെ നമ്മുടെ കണ്ണിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറ്റിക്കളഞ്ഞ് നമുക്കവനോടുള്ള സ്നേഹത്തെ കുറച്ച് കളയാനാണ് അവൻ എപ്പോഴും ശ്രമിക്കുന്നത് അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളൊക്കെ ഈ ബൈബിള് ബൈബിള് എങ്ങനെയാണ് കൊണ്ട് നടക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടുക ഞാൻ എൻ്റെ ബൈബിളിൽ തലങ്ങും വിലങ്ങും വരെയൊക്കെ ഇട്ടുവെച്ചിട്ടുണ്ട് ഓരോന്നൊക്കെ കുർച്ചുയൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ഈ തമിഴ്നാട്ടിൽ 졌പ്പോൾ മലയാളത്തിൽ പ്രസംഗിച്ച മലയാളത്തിൽ പ്രസംഗിച്ചു ഒരു സഹോദരനെ ട്രാൻസ്ലേറ്റ് ചെയ്തു അപ്പോൾ അതി ചെറുപ്പക്കാര ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നെ കാണാൻ വന്നു 10 കോളേജിൽ ഒക്കെ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരെ നമ്മുടെ കുഞ്ഞുങ്ങളെക്കാൾ കൂടുതൽ ചെറുപ്പക്കാരെ അവിടെ ഉണ്ടായിരുന്നു ഈ എൻ്റെ ഈ മലയാളൊക്കെ കേട്ടിട്ട് അവർ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഈ മലയാളം കേക്കുന്നത് മലയാള വാക്കുകൾ ഇങ്ങനെ ഇങ്ങനെ കേൾക്കുന്നു അവർ കേട്ടിട്ട് പറഞ്ഞു അങ്ങളെ അങ്കിളുടെ മലയാളം ബൈബിൾ ഞങ്ങൾക്കൊന്ന് കാണുന്നു എന്ന് പറഞ്ഞു അവരെ ബൈബിള് വാങ്ങിച്ചിതെല്ലാം ഈ അക്ഷരങ്ങളെല്ലാം മലയാള അക്ഷരങ്ങളെല്ലാം ഈ തമിഴ് കുഞ്ഞുങ്ങൾ കണ്ടു അപ്പോൾ എനിക്കൊരു ഒരു ഒരു വിഷമമുണ്ടെന്താ ഞാനെൻ്റെ ബൈബിളിൽ അവിടെ ഇവിടെയെല്ലാം വരയൊക്കെ ഇട്ടിട്ടുണ്ട് ഭംഗിയായിട്ടല്ല ഈ ബൈബിള് സൂക്ഷിച്ചേക്കുന്നത് കുഞ്ഞുങ്ങളെല്ലാം അത് കണ്ടല്ലോ എന്ന് എനിക്കൊരു വിഷമുണ്ടായിരുന്നു എന്നാലും ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ ബൈബിൾ എങ്ങനെയാണ് സൂക്ഷിച്ചേക്കുന്നത് ചില ആളുകളുണ്ട് ഇതിലൊരു വര പോലും ഇടരുത് ഇതേതോ ദിവ്യമായ സാധനമാണ് ഇങ്ങനെ ഒരു ഒരു വിഗ്രഹം പോലെയല്ല ഇത് കൊണ്ട് നടക്കേണ്ടത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ ഇനിയും പറയാൻ പോകുന്ന വചനങ്ങൾ നിങ്ങൾ അടിവരയിടുക കുറിച്ചു വെക്കുക അല്ലാതെ ഇത് തുടരുത് ഇത് ഏതോ ഒരു പൂജനീയമായ വസ്തുവായിട്ട് മാറ്റിവെക്കേണ്ട ഒരു കാര്യമല്ല മറിച്ച് ഈ വചനങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വചനങ്ങളാണ് സ്നേഹത്തെക്കുറിച്ചുള്ള വചനം ദൈവം നമ്മെ സ്നേഹിക്കുന്നു ദൈവം നമ്മെ എങ്ങനെയൊക്കെ സ്നേഹിക്കുന്നു ദൈവം നമ്മെ ഒരു മാതാവിനെ പോലെ സ്നേഹിക്കുന്നു അങ്ങനെ വാക്യമുണ്ട് ഉണ്ട് നമ്മളെ ഒരു അമ്മയെപ്പോലെ സ്നേഹിക്കുന്നു വാക്യമുണ്ട് നമ്മളെ ഒരു ഭർത്താവിനെപ്പോലെ സ്നേഹിക്കുന്നു നമ്മളെ ഒരു ഒരു സഖിയെപ്പോലെ ഏ നമ്മുടെ കൂടെയുള്ള ഒരു പ്രിയപ്പെട്ട ഒരാളെപ്പോലെ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു കർത്താവ് നമ്മളെ നമുക്ക് നമുക്ക് ഉപദേശങ്ങൾ നൽകുന്നവനായിട്ടായിരിക്കുന്നു കർത്താവ് നമ്മളെ ഇവിടെ ഒപ്പം നടക്കുന്നവനായിരിക്കുന്നു കർത്താവ് നമ്മളെ മുന്നോട്ട് നടത്തുന്നവനായിരിക്കുന്നു നമ്മളെ രക്ഷിക്കുന്നവനായിരിക്കുന്നു അങ്ങനെ കർത്താവ് ചെയ്യുന്ന കർത്താവ് സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളോട് കാണിച്ചിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട് ആ വചനങ്ങൾ ആ വചനങ്ങൾ നമുക്ക് ഒന്നൊന്നായിട്ട് വളരെ വേഗത്തിൽ നോക്കാം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കുന്നതിനേക്കാൾ ദൈവ വചനത്തിലേക്ക് തന്നെ നമുക്ക് തിരിയാം ഒന്നാമതായിട്ട് ദൈവം നമ്മളെ എങ്ങനെ സ്നേഹിക്കുന്നു ദൈവം നമ്മളെ ഒരു പിതാവിനെ പോലെ സ്നേഹിക്കുന്നു തങ്ങളുടെ പിതാക്കന്മാരില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ പിതാക്കന്മാർ മരിച്ചുപോയി പിതാവിൻ്റെ സ്നേഹം അതൊരു ഇന്നൊസ്റ്റാൾജിയായിട്ട് അതൊരു ഗ്രഹാതുര സ്മരണയായിട്ട് ഏഹ് ഗ്രഹാതുര സ്മരണ എന്നൊക്കെ പറഞ്ഞാൽ എന്താ എന്ന് വെച്ചാൽ ഒരു നമ്മുടെ ഒരു കാലത്ത് നമ്മൾ നമുക്ക് പ്രിയപ്പെട്ട ഒരു കാര്യം പിന്നീട് നഷ്ടപ്പെട്ടു പോയത് കുറച്ച് നാൾ കഴിഞ്ഞ് ഓർക്കുന്നതിനെയാണ് ഒരു നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ ഒരിക്കലൊരു പിതാവ് ഉണ്ടായിരുന്നു ആ പിതാവ് മരിച്ചുപോയി ഇപ്പോൾ എന്നെ പിതാവിനെ പോലെ സ്നേഹിക്കാൻ ആരുമില്ല എന്നാണോ സഹോദരി നീ വിചാരിച്ചേക്കുന്നത് അപ്പോൾ അത്താ എഴുതിയ ആറാം അധ്യായത്തിൽ ഇതാ ഒരു വാക്യം കാണുന്നു ആറാമധ്യായത്തിൽ ഇവിടെ രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് യേശുവിൻ്റെ ചെയ്തു യേശു വന്നിട്ട് ഈ ദൈവത്തെ എന്താക്കി പരിചയപ്പെടുത്തി പിതാവ് പിതാവ് അതേവരെ ദൈവം ഈ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു പേടി സ്വപ്നം പോലെ നിന്നിടത്ത് ഇതാ പിതാവ് ഇവിടെ നമ്മൾ വായിച്ചെടുത്ത് കണ്ടോ ദൈവത്തെ പിതാവ് പിതാവ് എന്നാണ് പറയുന്നത് ആ പിതാവിൻ്റെ പ്രത്യേകത എന്താ പിതാവ് രഹസ്യത്തിലുള്ള പിതാവാണ് എന്ന് മാത്രമല്ല രഹസ്യത്തിൽ കാണുന്ന പിതാവുമാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞു നമ്മളെ ദൈവം ഒരു പിതാവിനെ പോലെ സ്നേഹിക്കുന്നുണ്ട് ഒരപ്പൻ മകനെ സ്നേഹിക്കുന്ന പോലെ സ്നേഹം എങ്ങനെയാ അപ്പൻ്റെ സ്നേഹം എങ്ങനെയാ അപ്പനെ കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി ഒരു മകൻ അപ്പനെ കുത്തിക്കൊന്നു അവനെ കൊന്നു ഈ അപ്പന എന്നെ സ്നേഹിക്കുന്നില്ല പക്ഷേ അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് പ്രിയപ്പെട്ടവർ യഥാർത്ഥത്തിലൊരപ്പൻ ആ അപ്പനന്റേയും തൻ്റെ മകനെ അവൻ്റെ തെറ്റുകൾ നോക്കാതെ അവൻ്റെ കുറവുകൾ നോക്കാതെ അവനെ സ്നേഹിക്കും നമ്മുടെ സ്വർഗത്തിലുള്ള അപ്പച്ചൻ ആ നിലയിലുള്ള ഒരു പിതാവാണ് എന്നാണ് യേശു പരിചയപ്പെടുത്തിയത് യേശു ഇത് പറയുമ്പോൾ നമ്മൾ ഓർക്കണം യേശു പുതിയ ഉടമ്പടിയിൽ വന്നപ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ പഴയ നിയമത്തിലില്ലാത്തത് പലതും നമ്മുടെ മുമ്പാകെ വെച്ചു എന്ന് നമ്മൾ പറയും ഉദാഹരണത്തിനിപ്പം പറഞ്ഞതുപോലെ പഴയ ഉടമ്പടിയിൽ ദൈവത്തെ പേടിയോടെ കണ്ടപ്പോൾ ദഹിപ്പിക്കുന്ന അഗ്നിയായി കണ്ടപ്പോൾ യേശു വന്നിട്ട് പിതാവ് എന്ന് പറയാൻ കാരണമെന്താ യേശു പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ തിരുവെഴുത്ത് നോക്കിയാൽ പഴയ നിയമം നോക്കിയാൽ പഴയ നിയമത്തിൽ അതിൻ്റെ സൂചനകളുണ്ട് ആ സൂചനകളെ ദൈവം എടുത്ത് കർത്താവ് എടുത്ത് അതിനെ വിപുലപ്പെടുത്തി തന്നെ പറഞ്ഞതാണ് പഴയ നിയമത്തിൽ തന്നെ ദൈവത്തെ പിതാവ് എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട് നൂറ്റിമൂന്നാം സങ്കീർത്തനം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം നമുക്കറിയാമല്ലോ അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ നൂറ്റിമൂന്നാം സങ്കീർത്തനം പതിമൂന്നാമത്തെ വാക്യം അപ്പന് മക്കളോട് കരുണ തന്ന പോലെ ഈ ഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് അപ്പം അപ്പനെപ്പോലെ സ്നേഹമുള്ളവനാണ് കരുണയുള്ളവനാണ് മലാഖിയുടെ പുസ്തകം പഴയ നിമിത്ത തന്നെ അവസാന പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദയവായിട്ട് ഈ വാക്യങ്ങൾ നിങ്ങളുടെ ജീവി ഹൃദയത്തോട് ചേർത്ത് പിടിക്കത്തക്കവണ്ണം ഈ വാക്യങ്ങൾ കുറിച്ചെടുക്കുകയോ അടിവരയിടുകയോ ചെയ്യുക നമ്മളെ പിതാവിനെ പോലെ സ്നേഹിക്കുന്നു മലാഖി പറയുന്നു മൂന്നാമധ്യായം മലാഖിയുടെ പുസ്തകം മൂന്നാമധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും എന്ന് സൈന്യങ്ങളുടെ ഹോവാറിൽ ചെയ്യുന്നു ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും അപ്പോൾ ആ മനുഷ്യൻ ആരാ ആ മനുഷ്യൻ എന്തുണ്ട് ഒരു മകനുണ്ട് ആ മകനെ ആ മനുഷ്യൻ ആദരിക്കുന്നു അപ്പോൾ ആ മനുഷ്യൻ ആരാണ് പിതാവാണ് പിതാവാണ് ദൈവത്തെക്കുറിച്ച് പഴയ നിയമത്തിലെ ഒരു പ്രവാചകൻ പറഞ്ഞു വരുമ്പോഴും അവിടെ പറയുന്നു സ്വർഗത്തിലുള്ളത് സൈന്യങ്ങളുടെ ഹോവ സൈന്യങ്ങളുടെ ഹോവ അരളി ചെയ്യുന്നു ഞാനൊരു പിതാവ് മകനെ ആദരിക്കുന്നത് പോലെ ആദരിക്കും എന്ന് പറയുന്നു കണ്ടോ നമ്മളിനിയും വാക്യങ്ങൾ നമുക്കെടുത്ത് നോക്കാനായിട്ട് കഴിയും കർത്താവായ യേശു ദൈവത്തെ പിതാവ് എന്ന് പറഞ്ഞു രഹസ്യത്തിലുള്ള പിതാവ് രഹസ്യത്തിൽ കാണുന്ന പിതാവ് ഓ നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് ദൈവം നമ്മുടെ പിതാവാണ് മലാഖി പറയുന്നു ഒരു മനുഷ്യൻ തൻ്റെ മകനെ ആദരിക്കുന്നത് പോലെ ദൈവം നമ്മളെ ആദരിക്കും അപ്പം ദൈവം ആരാ ദൈവം നമ്മുടെ പിതാവാണ് ദൈവം പിതാവാണ് പ്രിയപ്പെട്ടവര് ഈ കാര്യങ്ങൾ ഈ വാക്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ആശങ്കയുണ്ടാകുമ്പോൾ സ്നേഹത്തെക്കുറിച്ചൊരു സംശയം ഉണ്ടാകുമ്പോൾ ഈ വാക്യങ്ങൾ എടുത്ത് വായിക്കുക വാക്യങ്ങൾ നമ്മളെ പ്രചോദിപ്പിക്കും മറ്റ് കാര്യങ്ങളേക്കാൾ ഒരിക്കലെ ഒരിക്കലൊരു വലിയ നിരീശ്വരവാദി താനെ മരിക്കാൻ കിടക്കുകയായിരുന്നു മരിക്കാൻ കിടക്കായിരുന്നു മരിക്കാൻ കിടന്നപ്പോൾ നിരീശ്വരവാദിയാണ് ദെയ്യമില്ല അപ്പോൾ മരിക്കാൻ തുടങ്ങിയപ്പം അവൻ ലോകത്തേറെ അറിയപ്പെട്ട ഒരാളാണ് ഭരിക്കാൻ കിടന്നപ്പോൾ അവനെ ശുശ്രൂഷിച്ചിരുന്ന ഹോം നേഴ്സ് പറഞ്ഞു പേടിക്കേണ്ട നീ നിൻ്റെ ഹൃദയത്തെ ഉറപ്പിക്ക് മരണമാ വരുന്നത് നീ എന്നാലും നിൻ്റെ ഹൃദയത്തെ ഉറപ്പിക്ക് അപ്പാവൻ പറഞ്ഞു ഞാൻ എന്തോ ഇല്ല ഉറപ്പിക്കുന്നത് ഒരു ദൈവമില്ല ദൈവമില്ലെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് കിടന്ന് ദൈവമില്ല എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമില്ല മരണം തൊട്ടു മുമ്പേ വന്ന് നിൽക്കുക നീ പറയുന്നു ഹൃദയത്തെ ഉറപ്പിക്കാൻ ഹൃദയത്തെ എവിടെ ഉറപ്പിക്കും ഞാൻ എവിടെ ഉറപ്പിക്കുന്നു കണ്ടോ നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ നിഷേധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ അവൻ്റെ ഹൃദയത്തെ ഉറപ്പിക്കാൻ ഒരിടമില്ല എന്നാൽ ദൈവ എനിക്ക് നിനക്കും നമ്മുടെ ഹൃദയത്തെ ഒരിടത്ത് ഉറപ്പിക്കാം എന്തിലാണ് ദൈവത്തിൽ ഉറപ്പിക്കാം ദൈവം നമ്മുടെ പിതാവാണെന്നതിൽ ഉറപ്പിക്കാം ദൈവം നമ്മെ കാണുന്നു സ്നേഹിക്കുന്നു എന്നുള്ളതിൽ ഉറപ്പിക്കാം ദൈവത്തിന് ഒരപ്പനും മകനോട് കരണ് തോന്നുന്നു പോലെ കരണ് തോന്നും എന്നുള്ള വസ്തുതയിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഉറപ്പിക്കാം ഒരു പിതാവ് മകനെ ആദരിക്കുന്നത് പോലെ എന്നെ ആദരിക്കുന്ന ഒരു പിതാവാണ് എനിക്ക് സ്വർഗത്തിലുള്ളത് എന്ന ദൈവവചനത്തിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഉറപ്പിക്കാം അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം അപ്പൻ്റെ സ്നേഹം പോലെയാണ് പിതാവിൻ്റെ സ്നേഹം പോലെയാണ് പിതാവിൻ്റെ സ്നേഹം പോലെയാണെന്ന് മാത്രം പറഞ്ഞാലും ചിലർക്ക് നമ്മിൽ പലർക്കും അത് പിത പ്രത്യേകിച്ചും ചില പിതാക്കന്മാർ വലിയ കർശനക്കാരായ പിതാക്കന്മാർ വളർത്തപ്പെട്ട മക്കൾക്കൊക്കെ പിതാവിൻ്റെ സ്നേഹമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് ഒരു ഒരു താതാൽമ്യപ്പെടാനായിട്ടൊക്കെ ഇല്ല അപ്പൻ അപ്പൻ്റെ സ്നേഹമെന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവര് നമ്മൾ അപ്പന്മാരായിരിക്കുന്ന ആളുകൾ ൊരു ഉത്തരവാദിത്വമുണ്ട് എന്താ ഉത്തരവാദിത്വം എന്താ നമ്മൾ സ്വർഗീയ പിതാവിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെപ്പോഴെങ്കിലും സ്വർഗീയ പിതാവ് എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ നമ്മുടെ പെരുമാറ്റം ഒരു തടസ്സമായി തീരരുത് അവൻ കണ്ടിട്ടുള്ള അപ്പനാരാ നമ്മളാ നമ്മുടെ പെരുമാറ്റം ഒരു കരുണയും സ്നേഹവും ഈ സ്വർഗീയ പിതാവിനെ അവന് വേണ്ട പോലെ പിതാവായിട്ട് പരിചയപ്പെടാനും മനസ്സിലാക്കാനും നമ്മളൊരു തടസ്സമായിത്തീരും പോട്ടെ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ പിതാക്കന്മാർ കർശനക്കാരായ പിതാക്കന്മാരാണെങ്കിൽ ദൈവം ഒരു പിതാവാണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ ചിലരുടെ അപ്പന്മാർ വളരെ കർശനക്കാരാണെങ്കിൽ അമ്മമാരെന്താ അമ്മമാർ കൂടുതൽ സ്നേഹം ഉള്ളവരായിട്ട് മക്കൾക്ക് തോന്നും ദൈവത്തെ അമ്മയോടും ചേർത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു വാക്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ യശയ്യാവിൻ്റെ പുസ്തകം യശയാവിൻ്റെ പുസ്തകം അപ്പോൾ ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം പിതാവിനോടുള്ള സ്നേഹം പോലെയാണ് അതുപോലെ തന്നെ ഒരു മാതാവിന് തൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹം പോലെയാണ് നാൽപ്പത്തൊൻപതാം അധ്യായം യശയാവിൻ്റെ പുസ്തകം നാൽപ്പത്തൊൻപതാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം ഈ വാക്യങ്ങളൊക്കെ നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട് പക്ഷേ റഫറൻസുകൾ നമുക്ക് ഓർമ്മ കാണുകയില്ല അതുകൊണ്ട് ഈ വാക്യങ്ങൾ കുറിച്ചെടുക്കുക റഫറൻസുകൾ കുറിച്ചെടുക്കുക ഒരു പ്രയാസത്തിൻ്റെ മ ഈ വാക്യങ്ങളിലേക്ക് ചെല്ലുക നാൽപ്പത്തൊൻപതിൻ്റെ പതിനഞ്ചിൽ കാണുന്നു ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ ഒരു സ്ത്രീക്കും തൻ്റെ കുഞ്ഞിനെ മറക്കാനൊക്കുകയില്ല ചില സ്ത്രീകൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് കളയുന്ന കഥകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ എങ്കിലും ആ സ്ത്രീയും മരിക്കുന്നവരെ അവൾ സ്ത്രീ ആണെങ്കിൽ അവൾക്ക് ആ കുഞ്ഞിൻ്റെ ഓർമ്മയെ തള്ളിക്കളയാനായിട്ട് ഒക്കുകയില്ല ഏ ഒരു സ്ത്രീ താൻ്റെ കുഞ്ഞിനെ മറക്കുമോ താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ അപ്പനുള്ളതിനേക്കാൾ അടുത്ത ബന്ധം അമ്മയ്ക്കുണ്ട് കാരണം ഒരു പൊക്കൾ കൂടി ബന്ധമുണ്ട് പിതാവിന് ആ നിലയിൽ ഒരു അപ്പോൾ അങ്ങനെയുള്ള അടുപ്പം അമ്മയും മകനും തമ്മിലുണ്ട് എന്നാൽ അങ്ങനൊരു അമ്മ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഞാൻ നിന്നെ മറക്കുകയില്ല ഇതാരാ പറയുന്നത് ദൈവമാണ് പറയുന്നത് അപ്പം ഒരു അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറയുമ്പം അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹത്തെ കവിയുന്ന ഒരു മാതൃസഹജമായ ഒരു സ്നേഹമാണ് ദൈവത്തിന് നമ്മളോടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ദൈവത്തിൻ്റെ സ്നേഹം ഒരു അമ്മയുടെ സ്നേഹം പോലെയാണ് ഇരമ്യാവിൻ്റെ പുസ്തകം ഇരമ്യാവിൻ്റെ പുസ്തകം മൂന്നാമധ്യായത്തിലേക്ക് വരിക മൂന്നാമധ്യായം അവിടെ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മോടുള്ള സ്നേഹത്തെ ഒരു ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹത്തോട് ചേർത്താൽ പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നു വിശ്വാസത്യാഗികളായ മക്കളെ മടങ്ങി വരുവേൻ എന്ന ഏഹോയുടെ എളപ്പാട് അത് കഴിഞ്ഞിട്ട് ഏഹോയുടെ എളപ്പാട് എന്ന് കഴിഞ്ഞിട്ട് പറയുന്ന ഭാഗമാണ് ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ് ദൈവം കണ്ടോ തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പം ഒരു ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം അത്തരം സ്നേഹമാണ് നമ്മളോടുള്ളത് ഏഷയാവിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഏഷ്യാവിൻ്റെ പുസ്തകം അറുപത്തിരണ്ടാമത്തെ അധ്യായം അതിൻ്റെ നാല് അഞ്ച് വാക്യങ്ങൾ നിന്നെ ഇനി തെക്ത എന്ന് വിളിക്കുകയില്ല നിൻ്റെ ദേശത്തെ ശൂന്യം എന്ന് പറയുകയില്ല നിനക്കിനി ഇഷ്ട എന്നും വിവാഹസ്ഥയെന്നും പേരാകും ദൈവം പറയുക നിന്നെ ഇനി ഹെപ്സീബ എന്ന് വിളിക്കും എന്നു വച്ചാൽ നീ എനിക്ക് പ്രിയപ്പെട്ടവളാണ് ഡിലൈറ്റ് ഡിലൈറ്റ് ഡിലൈറ്റ് ഏഹ് നിന്നെ ഹെപ്സീബ ഡിലൈറ്റ് ഇഷ്ട അതുപോലെ ബെയ്യൂല വിവാഹം കഴിഞ്ഞവൾ അപ്പോൾ കണ്ടോ ഏഹോവിക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ യൗവനക്കാരൻ കന്യയെ വിവാഹം ചെയ്യുന്നത് ഈ ഈ വാക്യങ്ങൾ നമ്മൾ ചേർത്ത് അവിടെയും ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം ഒരു ഭാര്യയോട് ഭർത്താവിനുള്ള സ്നേഹം പോലെ ഉള്ള സ്നേഹമാണ് എന്ന് കാണുന്നു ഇതിന് മാത്രമായിട്ട് ബൈബിളിൽ ഒരു പുസ്തകമുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഉത്തമഗീതം ഉത്തമഗീതത്തിലെന്താ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഒരു കാന്തന് കാന്തയോടുള്ള സ്നേഹം പ്രിയന് പ്രിയയോടുള്ള സ്നേഹത്തോട് ചേർത്താ പറഞ്ഞേക്കുന്നു അതിന് തന്നെ ഒരു ചെറിയ പുസ്തകമാണെങ്കിലും ആ പുസ്തകം വായിച്ചു നോക്കുമ്പോൾ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം ഇവിടെ ഒരു ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം പോലെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് സ്നേഹത്തിന് പല തരത്തിലുള്ള വേർഷൻസ് ഉണ്ട് സ്നേഹം എന്ന് പറയുമ്പോൾ പിതാവിൻ്റെ സ്നേഹമുണ്ട് അത് ദൈവത്തിലുണ്ട് മാതാവിൻ്റെ സ്നേഹമുണ്ട് അത് ദൈവത്തിലുണ്ട് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള സ്നേഹം അത് അത് ദൈവത്തിലുണ്ട് ഭർത്താവ് സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കും അതുപോലെ തന്നെ ഭാര്യ സ്നേഹിക്കുന്നത് അങ്ങനെ എടുത്തു നമ്മുടെ ഒരു സഖിയായിട്ട് നമ്മുടെ ഒരു ഒരു പ്രിയപ്പെട്ട ആളായിട്ട് കർത്താവ് നിൽക്കും എന്ന ആ നിലയിലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും യശയാവിൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാമധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം നോക്കുക നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുക കണ്ടോ യു ആർ മൈ ബിലവട്ട് ബിലവട്ട് അതൊരു ഭർത്താവിന് ഭാര്യയോട് പറയാം ഭാര്യയ്ക്ക് ഭർത്താവിനോടും പറയാം യു ആർ മൈ ബിലവട്ട് ബിലവട്ട് എന്ന് പറയാം ദൈവം നമ്മളോട് സ്നേഹിക്കുന്ന സ്നേഹം ഒരു ബിലവട്ടിനോടുള്ള സ്നേഹം പോലെ അതിൻ്റെ നാൽപ്പത്തി മൂന്നിൻ്റെ തന്നെ ഏഷയാവ് നാൽപ്പത്തി മൂന്നിൻ്റെ ഒടുവിലത്തെ ഒന്നാമത്തെ വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം കണ്ടോ നീ എനിക്കുള്ളവൻ തന്നെ നീ എനിക്കുള്ളവൻ തന്നെ ഞാൻ നീ എൻ്റെ പ്രിയപ്പെട്ടതാ ഇതെല്ലാം ഒരു കാന്തനും കാന്തയും തമ്മിലുള്ള ബന്ധത്തിൽ ഏത് വശത്തു നിന്ന് പറഞ്ഞാലുമുള്ള ആ സ്നേഹത്തിൻ്റെ വാക്കുകൾ ഇവിടെ ദൈവമിതാ നമ്മളോട് പറയും അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ഒരു ഏറ്റവും അടുപ്പമുള്ള പ്രിയനും പ്രിയയും തമ്മിലുള്ള ബന്ധം പോലെ ഉള്ള സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ സ്നേഹം ദൈവത്തിലുണ്ട് നമ്മൾ പെട്ടെന്ന് ഓർത്ത് ഒരു വാക്യമുണ്ട് റോമർ കെഴുതിയ ലേഖനം അതിൻ്റെ എട്ടാമധ്യായമാണ് എട്ടാം അധ്യായത്തിൻ്റെ നമ്മൾ പലപ്പോഴും ഉദ്ധരിക്കാറുള്ളൊരു വാക്യമാണ് എട്ടിൻ്റെ ഇരുപത്തൊൻപതാമത്തെ വാക്യം ദൈവത്തിൻ്റെ അവിടെയുള്ള സ്നേഹത്തെ എന്താ പറഞ്ഞേക്കുന്നത് ഒരു ജ്യേഷ്ഠന് അനുജനോടുള്ള സ്നേഹം അവൻ മുന്നറിഞ്ഞവരെ റോമർ എട്ടിൻ്റെ ഇരുപത്തിയൊൻപത് അവൻ മുന്നെറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് എന്നുവെച്ചാൽ യേശുവിനെ എന്താക്കി നമ്മുടെ മൂത്ത ജ്യേഷ്ഠനാക്കിയെന്നാണ് പറഞ്ഞേക്കുന്നത് നമ്മളെന്താണെന്നാണ് പറഞ്ഞേക്കുന്നത് നമ്മൾ അനേക സഹോദരന്മാരിൽ കർത്താവ് ആദ്യജാതൻ മൂത്ത പുത്രൻ നമ്മളപ്പോൾ എന്താ കർത്താവിൻ്റെ ഇളയ സഹോദരന്മാർ മൂത്ത ആളിന് എപ്പോഴും ഇളയ സഹോദരന്മാരോട് എന്തുണ്ട് സ്നേഹമുണ്ട് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം ആ നിലയിലുള്ള ഒരു സ്നേഹമാണ് യോഹനാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിലേക്ക് ഞാൻ വാക്യങ്ങൾ മാത്രമാണ് നോക്കുന്നത് വായിച്ചു പോകുന്നത് കാര്യം ഈ വാക്യങ്ങൾ മാത്രമേ നമ്മളെ നില നിർത്തുകൊള്ളൂ യോഹനൻ്റെ സുവിശേഷം പതിനേഴാമധ്യായം അതിൻ്റെ ഇരു ഇരുപ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും കർത്താവ് പറയുന്നു നീ എന്നെ സ്നേഹിക്കുന്നത് അവരെയും സ്നേഹിക്കുന്നു എന്ന് ലോകമറിയുവാൻ കണ്ടോ ഇവിടെ എന്താ ചെയ്യുന്നത് പിതാവ് ആരെ സ്നേഹിച്ചിട്ടുണ്ട് തൻ്റെ മൂത്ത നമ്മൾ റോമർ എട്ടിൻ്റെ ഇരുപത്തൊമ്പത് വായിച്ച ആ മൂത്തപുത്രനെ സ്നേഹിച്ചിട്ടുണ്ട് അതിനൊരു സംശയമുണ്ടോ പിതാവ് യേശുവിനെ സ്നേഹിച്ചു എന്നതിനൊരു സംശയമില്ല താനെ കാൽവറയിൽ തന്നെ കൈവിട്ട് കളഞ്ഞപ്പോഴും യേശു എന്തു പിതാവേ ആ പിതാവുമായിട്ടുള്ള ആ ബന്ധം താന് ആ നിലയിൽ താന് സ്നേഹത്തെ സംശയിച്ച് താൻ സ്നേഹത്തെ തള്ളിപ്പറഞ്ഞില്ല സ്നേഹത്തെ തള്ളി അപ്പോൾ യേശുവിനെ പിതാവ് സ്നേഹിച്ചു അതുപോലെ തന്നെ ഒരു പുത്രനെ സ്നേഹിക്കുന്നതുപോലെ മൂത്ത പുത്രനെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഇളയ പുത്രന്മാരെയും ഒരപ്പൻ സ്നേഹിക്കും അതുപോലുള്ള സ്നേഹം ആദ്യ ജാതനോടുള്ള സ്നേഹം പോലെ ഇളയ സഹോദരന്മാരോടുമുള്ള സ്നേഹമുണ്ട് അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജ്യേഷ്ഠ സഹോദരനാണ് എന്നതുകൊണ്ട് യേശു നമ്മളെ ഒരു ജ്യേഷ്ഠനെ പോലെ സ്നേഹിക്കുന്നു പിതാവ് യേശുവിനെ സ്നേഹിച്ചതുപോലെ തന്നെ തൻ്റെ ഇളയ സഹോദരങ്ങളായ നമ്മെയും സ്നേഹിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു വചനമാണ് നമ്മൾ കർത്താവ് നമ്മളെ സ്നേഹിച്ച് വഴി നടത്തുന്നവനുമാണ് സ്നേഹത്തിന് എന്തുണ്ട് സ്നേഹം ചില കാര്യങ്ങളിൽ നമ്മളെ സഹായിക്കും അല്ലാതെ സ്നേഹമെന്ന് പറയുന്നത് ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റായിട്ടിരിക്കുകയില്ല അതിൻ്റെ ആ സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹിക്കുന്ന ആള് നമ്മുടെ കൈക്ക് പിടിക്കും നമ്മളെ ഉപദേശിക്കും നമ്മളോട് അങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയും അതൊക്കെ സ്നേഹത്തിൽ ചെയ്യുന്നതാണ് അങ്ങനെയുള്ള ഒരു ഉപദേശകനോട് ചേർത്തും ദൈവത്തെ പറഞ്ഞിട്ടുണ്ട് മുപ്പത്തിരണ്ടാമത്തെ സങ്കീർത്തനത്തിൽ നോക്കുക മുപ്പത്തിരണ്ടാം സങ്കീർത്തനത്തില് അവിടെ പറയുന്നു മുപ്പത്തിരണ്ടാം സങ്കീർത്തനം അതിൻ്റെ എട്ടാമത്തെ വാക്യം ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരും അപ്പം ദൈവത്തിൻ്റെ അവിടെയുള്ള റോൾ എന്താ നമ്മളെ ഉപദേശിക്കുന്ന ഒരാൾ അതാണ് ഒരു ഉപദേശിക്കുന്ന ഒരാൾ സ്നേഹത്തോടെ ഉപദേശിക്കുന്ന ഒരാളിന് താന് നൽകുന്ന ഉപദേശം ഏറ്റെടുത്ത് ആ ആൾ സ് ഭംഗിയായിട്ട് പോകണമെന്നുള്ള ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഉപദേശം നൽകുന്നത് കർത്താവ് നമ്മുടെ ഒരു ഉപദേഷ്ടാവാണ് യശയാവിൻ്റെ പുസ്തകത്തിൽ ഇതേ കാര്യം തന്നെ പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും യേശ്യാവിൻ്റെ പുസ്തകം യേശാവിൻ്റെ പുസ്തകം മുപ്പതാം അധ്യായത്തിലേക്ക് വരിക അവിടെ ദൈവത്തെ ഒരു ഉപദേഷ്ടാവ് എന്ന് പറയുന്നുണ്ട് യേശയോവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ മുമ്പേ വായിച്ച വാക്യത്തിൽ നീ നാൽപ്പത്തിമൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നാൽപ്പത്തിമൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പം അവിടെ എന്താ പറയുന്നത് ഇസ്രായേലി നിന്നെ സൃഷ്ടിച്ചവനാണ് നിർമ്മിച്ചവനാണ് ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും നീ അഗ്നിജ്വാലയിലൂടെ നടത്തുമ്പോൾ ഞാൻ നിന്നെ നടത്തും അങ്ങനെ ദൈവം ഉപദേഷ്ടാവായിട്ടിരുന്ന് കൈക്ക് പിടിച്ച് നടത്തുന്ന ഒരാളെപ്പോലെ അവിടെയും ചിത്രീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയല്ല അവിടെ കണ്ടോ അവിടെ ദൈവത്തിൻ്റെ നമ്മോടുള്ള സ്നേഹത്തെ വേറെ നിലയിൽ പറയുന്നു നമ്മെ സൃഷ്ടിച്ചവനാണ് ഒരു സൃഷ്ടിച്ച ഒരാൾക്ക് തൻ്റെ സൃഷ്ടിയോടെന്തുണ്ട് സൃഷ്ടിയോട് സ്നേഹമില്ലാതിരിക്കാനായിട്ട് ഒക്കുകയില്ല ദൈവം ഒരു സൃഷ്ടാവിന് സൃഷ്ടിയോടുള്ള സ്നേഹം നമ്മോടുണ്ട് നമ്മളെ സൃഷ്ടിച്ചവനും നിർമ്മിച്ചവനുമാണ് ഈ എന്ന് തന്നല്ല അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ നാൽപ്പത്തി മൂന്നിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ വായിക്കുമ്പോൾ അവിടെ കാണുന്നു സൃഷ്ടിക്കുക മാത്രമല്ല നിർമ്മിക്കുക മാത്രമല്ല നമ്മളെ വീണ്ടെടുക്കുകൂടെ ചെയ്യുന്നു എന്താ ഈ സൃഷ്ടിപ്പും വീണ്ടെടുപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താ സൃഷ്ടിപ്പും വീണ്ടെടുപ്പും തമ്മിലുള്ള വ്യത്യാസം സൃഷ്ടിപ്പും വീണ്ടെടുപ്പും തമ്മിൽ അവിടെ ഉള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഒരു മനോഹരമായ കഥ നമ്മളൊരു ട്രാക്റ്റിൽ ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു കുഞ്ഞൊരിക്കൽ കുഞ്ഞൊരിക്കലൊരു ഒരു ഒരു വള്ളം ഉണ്ടാക്കി ഒരു കൊച്ചു കുഞ്ഞു വള്ളം അവനെ ഒരു തടി കൊണ്ട് തടിയൽ ഒരു ഉളിയൊക്കെ എടുത്ത് ഒരു വള്ളം ഉണ്ടാക്കി ആ വള്ളം ഒരു ബോട്ട് ആ ബോട്ടുണ്ടാക്കിയിട്ട് അവൻ എന്ത് ചെയ്തു അത് പതുക്കെ അവൻ്റെ വീടിനടുത്തുകൂടെ പോകുന്ന ഒരു കൊച്ചരുവിയിൽ കൊണ്ടുവച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പം ഓളം വന്ന് അവൻ്റെ കയ്യിൽ ഈ ബോട്ടിനെ അങ്ങ് കൊണ്ടുപോയി അതങ്ങ് അങ്ങ് ഒഴുകി ഒഴുകി ഒഴുകിപ്പോയി കുഞ്ഞിന് തിരിച്ച് പിടിക്കാൻ കഴിഞ്ഞില്ല കുഞ്ഞ് വിചാരിച്ചിരുന്നത് എന്താ അവനുണ്ടാക്കിയ ആ ബോട്ടും കൊണ്ട് എന്നും കളിക്കാമെന്നായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അതിനിടയിൽ ഈ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് ഈ ബോട്ട് എന്ത് ചെയ്തു ആ ബോട്ട് വഴിതെറ്റി അത് മാറി അത് ഒഴുക്കിൽപ്പെട്ട് താഴേക്ക് താഴേക്ക് താഴേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് അങ്ങനെ കാണുമ്പം അവന് വലിയ സങ്കടമായി ഞാനുണ്ടാക്കിയ എൻ്റെ ബോട്ട് അതെന്തു ചെയ്യേ എന്നു പറഞ്ഞ് അവൻ എന്ത് ചെയ്തു അവൻ പതുക്കെ ആ നദിയുടെ തീരത്തോടിങ്ങനെ പതുക്കെ നടന്ന് നടന്ന് നടന്ന് കുറേ താഴെ ചെന്നപ്പോൾ ഉണ്ട് അവനുണ്ടാക്കി ആ ബോട്ട് എവിടെ കിടക്കുന്നു അത് ആ നദിയുടെ ഒരു തീരത്ത് അടിഞ്ഞ് എക്കലിൻ്റെയൊക്കെ കൂടെ അവിടെ കിടക്കുക ചെയ്യുന്നു കമ്പിൻ്റെ തടിയുടെയൊക്കെ കൂടെ അവനുടനെ നോക്കിയപ്പം അതവിടെ കിടക്കുന്നു അവൻ കരയിലൂടെ ചെന്ന് ആ കിടക്കുന്ന അവൻ്റെ ആ ബോട്ടിനെ അവൻ തിരിച്ചെടുത്തു തിരിച്ചെടുത്തിട്ട് ആ കുഞ്ഞു പറഞ്ഞതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായ കാര്യം കുഞ്ഞു പറഞ്ഞു ബോട്ടേ നീ എനിക്ക് രണ്ട് തരത്തിൽ കടപ്പെട്ടിരിക്കുന്നു ബോട്ടിനോട് പറയുക ഒന്ന് ഞാനാ നിൻ്റെ സൃഷ്ടാവ് നീ ഒരു ചെറിയ തടിയായിരുന്നപ്പം ഞാനാണ് ഉളികൊണ്ട് നിന്നെ ബോട്ടാക്കി തീർത്തത് ഞാനാണ് നിൻ്റെ സൃഷ്ടാവ് ഞാനാണ് നിൻ്റെ മേക്കർ നിന്നെ നിർമ്മിച്ചവൻ ഞാനാണ് അതുപോലെ തന്നെ എനിക്ക് രണ്ടാമതൊരവകാശമുണ്ട് എന്താ ഞാൻ ഉണ്ടാക്കിയ നീയെ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി നഷ്ടപ്പെട്ടു പോയി നീ നിൻ്റെ വഴിക്ക് ഓളത്തിൽ പെട്ടങ്ങ് പോയി പക്ഷേ ഞാൻ ഇപ്പോൾ എന്താ ചെയ്തേക്കുന്നത് ഞാൻ നിന്നെ ആ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് വീണ്ടെടുക്കുകയും ചെയ്തിരിക്കും മനസ്സിലായോ ദൈവം നമ്മോടുള്ള ബന്ധത്തിൽ ഇങ്ങനെയാ ചെയ്തേക്കുന്നത് ദൈവം നമ്മോടുള്ള ബന്ധത്തിൽ ചെയ്തത് ഒന്നാമത് നമ്മളെ സൃഷ്ടിച്ചു നിർമ്മിച്ചു നമ്മളെ വീണ്ടെടുക്കുകൂടെ ചെയ്തു വീണ്ടെടുക്കുകൂടെ ചെയ്തു ആ അപ്പൊ അവിടെ നമുക്ക് പല കാര്യങ്ങൾ കാണാനായിട്ട് കഴിയും അവൻ നമ്മുടെ സൃഷ്ടാവാണ് ഒരു സൃഷ്ടാവിന് സൃഷ്ടിയോടുള്ള സ്നേഹം അതുമാത്രമല്ല നഷ്ടപ്പെട്ടു പോയ നമ്മളെ ഒരു വീണ്ടെടുപ്പുകാരന് താൻ വീണ്ടെടുത്തതിനോടുള്ള സ്നേഹം വീണ്ടെടുപ്പെന്ന് പറയുമ്പോൾ ഇസ്രായേൽ മക്കൾ ഈ ഈ ഈ വാക്യം പറയുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഒത്തിരി ഓർമ്മയുണ്ട് എന്താ അവർക്ക് അവരുടെ ഇടയിൽ ഒരു നിയമം ഉണ്ടായിരുന്നു ആരുടെയെങ്കിലും ഒരു സാധനം നഷ്ടപ്പെട്ടു പോയാൽ വസ്തു നഷ്ടപ്പെട്ടു പോയാൽ അതിനെ എന്തു ചെയ്യണം അടുത്ത ചാർച്ചക്കാരൻ പോയി വീണ്ടെടുക്കണം വീണ്ടെടുക്കണം അവനെ വീണ്ടെടുപ്പുകാരനാ പറയുന്നത് ഇതിനെക്കുറിച്ചൊരു പുസ്തകമുണ്ട് ഏതാ പുസ്തകം രൂത്തിൻ്റെ പുസ്തകം രൂത്തിൻ്റെ പുസ്തകം രൂത്തിന് മഹ്ളോൻ്റെ ഭാര്യ രൂത്ത് മഹ്ളോനും മരിച്ചുപോയി കില്ലിയോനും മരിച്ചുപോയി എല്ലാവരും എലിമയിലേക്കും മരിച്ചുപോയി എല്ലാവരും മരിച്ചുപോയി അവസാനം ഈ പെൺകുട്ടി അമ്മാവിയമ്മയോടൊപ്പം സ്വദേശത്തേക്ക് വന്നപ്പം ബോവസ് പറഞ്ഞു ഞാൻ നിന്നെ വീണ്ടെടുക്കാം എന്നാലും നിന്നെ എന്നേക്കാൾ അടുത്ത വേറൊരു ചർച്ചക്കാരനുണ്ട് അവനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ അവൻ പറഞ്ഞു എനിക്ക് ഞാൻ അവരുടെ വസ്തുവൊക്കെ വീണ്ടെടുത്തോളാം ഈ പെൺകുട്ടിയെ വീണ്ടെടുക്കാൻ എന്നെ കൊണ്ട് ഒക്കുകയില്ല എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ ചെരുപ്പ് ഒരു ബോവസിനു കൊടുത്തു ബോവസ് എന്ത് ചെയ്തു ബോസ് പ്രഭുക്കന്മാരെയൊക്കെ ഇരുത്തി അത് എഗ്രിമെൻറ്റ് ആക്കി ബോവസ് എന്ത് ചെയ്തു വിരൂത്തിനെ വീണ്ടെടുത്തു കണ്ടോ പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മുടെ സൃഷ്ടാവ് മാത്രമല്ല നമ്മളെ ആ നിലയിൽ കർത്താവിന് നമ്മുടെ മേൽ എന്തുണ്ട് അധികാരമുണ്ട് സ്നേഹമുണ്ട് അതുപോലെ തന്നെ ഒരു വീണ്ടെടുപ്പുകാരൻ എന്നുള്ള നിലയിലും നമ്മോട് സ്നേഹമുണ്ട് അതുമാത്രമല്ല ആ വാക്യത്തെ കണ്ടോ നമ്മളെ പേർ ചൊല്ലി വിളിച്ച് പേർ ചൊല്ലി വിളിക്കുന്ന ഒരുവനായിട്ടും അവിടെ പറഞ്ഞിരിക്കുന്നു പേർ ചൊല്ലി വിളിക്കുക നാൽപ്പത്തി മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ പല കാര്യങ്ങൾ പറഞ്ഞിരിക്കുക പിന്നെ അവിടെ പറയുന്നു നീ എനിക്കുള്ളവൻ തന്നെ പ്രിയപ്പെട്ടവനാണ് ഈ വാ ഭാഗം നമ്മൾ നേരത്തെ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം ഒരു പ്രിയ സഖിയുടെ സ്നേഹത്തെ പോലെയാണെന്നുള്ളതിന് തെളിവായിട്ട് നമ്മൾ പറഞ്ഞു പിന്നീട് രണ്ടു മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത് എന്താ നീ എവിടെ പോയാലും നീ എവിടെ പോയാലും ഞാൻ നിന്നെ നിൻ്റെ കൂടെ നിന്ന് നിന്നെ കൈക്ക് പിടിച്ച് ഉപദേശിച്ച് വഴി നടത്തുന്ന ആളായിട്ട് ദൈവം തന്നെ തന്നെ പരിചയപ്പെടുത്തുക ശരി അവൻ്റെ പുസ്തകം മുപ്പതിലെ നമ്മൾ മുമ്പേ നോക്കിയെടുത്ത മുപ്പതിൻ്റെ മുപ്പതിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ നോക്കിയാൽ ശരി അവ മുപ്പതിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് നിൻ്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല നിൻ്റെ കണ്ണ് നിൻ്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു ഇതിൽ നടന്നുകൊള്ളവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും ഇതെല്ലാം ദൈവം പറയുന്നതാണ് പ്രിയപ്പെട്ടവര് നമ്മളൊത്തിരി വാക്യങ്ങൾ പറയുന്നതുകൊണ്ട് നിങ്ങൾ എന്തായി പറഞ്ഞു പോകുന്നത് എന്നതിൽ നിന്ന് മാറിപ്പോകല്ലേ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പനും അവനോടുള്ള സ്നേഹം പോലെ അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹം പോലെ ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം പോലെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഇരുവർക്കും അന്യോന്യമുള്ള ആ സഖിയെപ്പോലെയുള്ള സ്നേഹത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു ആ മാത്രമല്ല കർത്താവ് നമ്മുടെ ഒരു ഉപദേഷ്ടാവാണ് എന്ന് നമ്മൾ പറഞ്ഞു ഒരു ജ്യേഷ്ഠ സഹോദരൻ അനിയനോടുള്ള സ്നേഹം പോലെയാണ് എന്ന് പറഞ്ഞു ആ ഇപ്പം തുടർന്ന് നമ്മൾ പറഞ്ഞത് എന്താ ഒരു സൃഷ്ടിക്കോട് സൃഷ്ടാവിനുള്ള സ്നേഹം പോലെയാണെന്ന് പറഞ്ഞു ഒരു വീണ്ടെടുപ്പുകാരന് താൻ വീണ്ടെടുത്തതിനോടുള്ള സ്നേഹം പോലെയാണെന്ന് പറഞ്ഞു അവിടുന്ന് നമ്മളെ പേർ ചൊല്ലി വിളിച്ച് ഓമനപ്പേര് ചൊല്ലി വിളിച്ച് സ്നേഹിക്കുന്ന ആ നിലയിലുള്ള സ്നേഹമാണെന്ന് പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തു താന് സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ നമ്മോടുള്ള സ്നേഹത്തെക്കുറിച്ച് പറയുന്ന മറ്റൊരു വാക്യം നമുക്ക് നോക്കാം യോഹനാൻ്റെ സുവിശേഷം പതിനാലാമത്തെ അധ്യായം പതിനാലാമത്തെ അധ്യായം അതിൻ്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ പതിനാല് അധ്യായം അതിൻ്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ കണ്ടോ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല അപ്പോൾ അവിടുന്ന് അവിടുത്തെ സ്നേഹം എന്താ ഒരു അനാഥക്കുഞ്ഞിനെ നാഥനായിട്ട് ഒരാളായിരുന്നാൽ ആ നാഥന് ആ കുഞ്ഞിനോടുള്ള സ്നേഹം പോലുള്ള സ്നേഹമായിട്ടാണ് ഇവിടെ പറയുന്നത് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല നമ്മൾ അനാഥരായിരുന്നു ആർക്കും ഒരു കണ്ണിനും ദയ തോന്നാതെ കിടന്ന ആരും നാഥനില്ലാതെ കിടന്ന ഒരു ആളുകളായിരുന്നു പക്ഷേ ഇവിടെ കർത്താവ് പറയുന്നു ഞാൻ നിങ്ങളെ നിങ്ങളെ സ്നേഹിക്കുന്നു ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല കർത്താവിന് നമ്മോടുള്ള ഒരു സ്നേഹം ഒരു നാഥൻ്റെ സ്നേഹം പോലെയാണ് അവളിങ്ങനെ പറഞ്ഞു പോയാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കാണാനായിട്ടൊക്കും സുവിശേഷങ്ങളിൽ നിന്ന് തന്നെ നമുക്കൊന്ന് രണ്ട് വാക്യങ്ങളൂടെ നോക്കാം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് ഇതൊരു ഒരു ഒരു കർത്താവിൻ്റെ ചേർന്ന് താനൊരു സംഭവം പോലെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിലാണ് കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു ഉയർത്തെഴുന്നേറ്റ് പോകുമ്പം എം ഹൗസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാർ ആ ശിഷ്യന്മാർ നടന്നു പോകുമ്പോൾ കർത്താവ് എന്തോ ചെയ്തു കർത്താവ് കൂടെ നടന്നു കർത്താവ് കൂടെ നടക്കുന്നവന് ഇരുപത്തിനാലിൻ്റെ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലിൻ്റെ പതിനഞ്ച് സംസാരിച്ചും തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുതാനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു അപ്പോൾ കർത്താവിൻ്റെ കർത്താവ് എന്താ നമ്മോട് ചേർന്ന് നടക്കുന്നവനാണ് ചേർന്ന് നടക്കുന്നവന് കൂടെ നടക്ക് പ്രിയപ്പെട്ടവരെ കൂടെ നടക്കണമെങ്കിൽ എന്ത് വേണം കൂടെ നടക്കണമെങ്കിൽ നമ്മുടെ ചുവട് വെക്കുന്നതിനൊപ്പം കൂടെ നടക്കുന്ന ആളും ചുവട് വെച്ചാലേ വെക്കുള്ളൂ സഹോരസഹോരി ഞാനിന്നെയും പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ നോക്കുമ്പോൾ ഈ ഓ എനിക്കത് ഒരു ഇതില്ല ഞാൻ വളരെ സ്ലോയാണ് ഞാൻ വളരെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ എന്നെ ഇതൊക്കുമോ ഇങ്ങനെയെല്ലാം ഖേദിച്ചും സ്വയം പഴിച്ചു നിൽക്കുമ്പം ഈ വചനം നിന്നെ ശക്തീകരിക്കട്ടെ നിൻ്റെ പ്രകൃതം അറിഞ്ഞ് നീ ചുവടു വെക്കുന്നതിനൊപ്പം ചുവട് വച്ച് നിൻ്റെ കൂടെ നടക്കുന്ന സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം കൂടെ നടക്കുന്ന സ്നേഹം കർത്താവിന് വേഗത്തിൽ നടന്നു പോകാം പക്ഷേ കർത്താവ് ഇവിടെ നോക്കിയപ്പം ഉയർത്തെഴുന്നേറ്റ് വന്ന കർത്താവ് നോക്കിയപ്പം രണ്ടുപേർ എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർ ഇവരെക്കുറിച്ച് പറയുന്നത് ഇവർ ഭാര്യയും പറയുന്നത് കാരണം ഇവർ രണ്ടുപേരും കൂടെ ഒരു വീട്ടിലേക്ക് ഒടുവിൽ യേശുവിനെ ക്ഷണിക്കുന്നല്ലോ വിശദാംശങ്ങൾ പറയാൻ നമുക്ക് സമയമില്ല അപ്പോൾ ഒരു ഭാര്യയും അവർ തർക്കിച്ചും വാദിച്ചും ഒക്കെ പോവുക ഇവർക്കെന്തുണ്ട് കർത്താവിനോട് സ്നേഹമുണ്ട് കർത്താവിനെ അവരെന്ത് വിചാരിച്ചിരുന്നു അവനാണ് വീണ്ടെടുപ്പുകാരനായിട്ട് വരുന്നത് രക്ഷിതാവായിട്ട് ഈ കാര്യങ്ങളൊക്കെ അവർക്കറിയാം പക്ഷേ ഈ രക്ഷകൻ ക്രൂശിക്കപ്പെട്ടപ്പോൾ അതവരുടെ തിയോളജിക്ക് മനസ്സിലായില്ല അവൻ എങ്ങനെയാണ് ക്രൂശിക്കപ്പെടുന്നത് അവൻ ദൈവമാണെങ്കിൽ എങ്ങനെ ക്രൂശിക്കപ്പെടും അങ്ങനെ അവർ വിഷമിച്ചിരിക്കുമ്പോൾ ഇതാ പെട്ടെന്ന് ചില സ്ത്രീകൾ വന്നിട്ട് പറയുന്നു അവന് ഉയർത്തെഴുന്നേറ്റെന്ന് പറയുന്നു ഇത് ഇവർ രണ്ടുപേരും എം ഹൗസിലേക്ക് കിലോമീറ്റർ ഏഴ് നാഴിക പോകുമ്പോൾ ഇതിനെക്കുറിച്ച് തർക്കിച്ചും വാദിച്ചും പോവുക നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പല കാര്യങ്ങളെക്കുറിച്ച് സംശയവും ഈ കാര്യങ്ങൾ എങ്ങനെയാ അത് ശരിയാണോ ഇത് ശരിയാണോ എം ഹൗസിലേക്ക് പോയാൽ ആ ഭാര്യയോടും ഭർത്താവിനോടും ഒപ്പം കൂടെ നടക്കാൻ സമയമെടുത്ത കർത്താവിനെ നമ്മൾ ഓർക്കുക കർത്താവ് ഉയർത്തെഴുന്നേറ്റു കർത്താവിന് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യായിരുന്നു കർത്താവിന് സ്വർഗത്തിൽ പോയി ഇരിക്കുമായിരുന്നു പല കാര്യങ്ങൾ ചെയ്യുമായിരുന്നു പക്ഷേ കർത്താവ് നോക്കിയപ്പം തന്നെ സ്നേഹിക്കുന്ന രണ്ട് പേര് അവർ തർക്കിച്ചും വാദിച്ചും വിഷമിച്ചും പോകുമ്പോൾ കർത്താവ് എന്തോ ചെയ്തു അവരോടൊപ്പം കൂടെ നടന്നു കൂടെ നടു കൂടെ നടു കൂടെ നടക്കുന്ന സ്നേഹമാണ് കർത്താവിൻ്റെ സ്നേഹം എന്നിട്ട് ആ കഥ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണാൻ കഴിയും ഇവർ ചെന്നിട്ട് ഇവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു വീട്ടിലേക്ക് ക്ഷണിച്ചപ്പം കർത്താവ് ആ വീട്ടിൽ ചെന്നു അതിൻ്റെ മുപ്പതാമത്തെ വാക്യം ഇരുപത്തിനാലിൻ്റെ മുപ്പതാമത്തെ വാക്യം അവിടെ ചെന്നപ്പം അവർ അപ്പം എടുത്തു കൊടുത്തപ്പം കർത്താവ് തന്നെ എന്തോ ചെയ്തു ആ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു കണ്ടോ കർത്താവിനെ അവരൊരു അതിഥിയായിട്ടാ വീട്ടിൽ വീട്ടിൽ വിളിച്ചത് പക്ഷേ കർത്താവ് എന്തോ ചെയ്തു കർത്താവ് ആതിഥേനായി മാറുക ചെയ്യുന്നു ഗസ്റ്റ് ഹോസ്റ്റായി മാറുക ചെയ്യുന്നു കർത്താവ് ഒരു അതിഥിയെപ്പോലെ അവർ ക്ഷണിച്ചു വീട്ടിലേക്ക് ക്ഷണിച്ചു പക്ഷെ അവിടെ ചെന്നപ്പം അപ്പം നുറുക്കി ഇവർക്ക് കൊടുക്കുക ചെയ്തു കർത്താവ് കർത്താവ് ആതിഥേയൻ ഞാനിതെല്ലാം പറയുമ്പോൾ നമ്മുടെ കൊച്ചു ജീവിതത്തെ ഇതിനോടെല്ലാം ചേർത്ത് വെക്കണേ ചിലപ്പോൾ ചില സൗകര്യമാർ പറയില്ലേ ഞാൻ ഭക്ഷണം വെച്ച് വിളമ്പി വെച്ച് വിളമ്പി വെച്ച് വിളമ്പി മടുത്തു എനിക്കാരും ഇപ്പോൾ എന്ത് തരാൻ എനിക്ക് തരാൻ ആരുണ്ട് ഉണ്ട് ഉണ്ട് കേട്ടോ ഈ ഈ ഇവിടെ ഇവിടെ വരയിടുക ആരാ കർത്താവിൻ്റെ സ്നേഹം എങ്ങനെയാണ് കർത്താവെല്ലാം വന്ന് നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ആ സ്നേഹം മാത്രമല്ല അതിഥിയായിട്ടിരിക്കുന്നത് മാത്രമല്ല അതിഥിയാകണമെങ്കിലും സ്നേഹം വേണം എന്നാൽ അതിഥി ആതിഥേയനായി താൻ നോക്കുമ്പോൾ തന്നെ ശുശ്രൂഷിക്കുന്ന ഈ പ്രിയപ്പെട്ടവർ ഇവർക്കാണിപ്പോൾ അപ്പത്തിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞ് താൻ ആ അപ്പം നുറുക്കി നമുക്ക് തരുന്നവനാണ് ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ സ്നേഹത്തെയൊക്കെ നമുക്ക് ഈ നിലയിൽ കാണാനായിട്ട് കഴിയുന്നത് എബ്രായർ ലേഖനം ആറാം അധ്യായത്തിലേക്ക് വരുമ്പം കർത്താവിനെ കർത്താവിനെ മുന്നോടിയെന്ന് വിളിക്കുന്നത് നമുക്കറിയാമല്ലോ ഫോർ റണ്ണർ എബ്രായർ കരുതി ലേനോ ആറാമത്തെ ആയോ അതിൻ്റെ ഇരുപതാമത്തെ വാക്യമാണ് മുന്നോടി മുന്നോടി ഫോർ റണ്ണർ വല്ല സ്നേഹമുണ്ടോ ഫോർ റണ്ണറിനൊരു സ്നേഹമുണ്ട് മുന്നോടി എന്ന് വെച്ചാൽ എന്താ അർത്ഥം മലയാളത്തിൽ അത്രത്തോളം വ്യക്തമല്ല എന്നാൽ ഫോർ എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടത്തിൽ നമ്മൾ നിൽക്കുമ്പം നമുക്ക് ഓടുന്ന വഴി ശരിക്കും അറിഞ്ഞുകൂട അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരാൾ ഓടി ഓടിക്കാണിക്കുക മോനെ മോളെ പേടിക്കണ്ട ഞാൻ ഓടുന്ന പോലെ എൻ്റെ പുറകെ അങ്ങ് ഓടിയാൽ മതി അപ്പം മുമ്പിൽ ഓടുന്ന ആളാണ് ആര് ഫോർ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫോർ ആരാ ജീസസാ കർത്താവ കർത്താവാണ് നമ്മുടെ മുമ്പിലോടുന്ന ആൾ നമ്മളവൻ്റെ പുറകെ ഓടിയാൽ മതി ആട്ട ഈ ഇങ്ങനെ പുറകെ ഓടുക കർത്താവ് മുമ്പിലോടുക പക്ഷെ അങ്ങനെ ഓടുമ്പോൾ ആ ഫോർ പുറകിലുള്ള ആളിനോട് എന്തെങ്കിലും സ്നേഹമുള്ളതായിട്ട് നമുക്ക് എങ്ങനെയാണ് തോന്നുന്നത് പ്രിയപ്പെട്ടവരെ അത് നമ്മളാ രംഗം വിഭാവന ചെയ്താലേ കാണാൻ കഴിയും രണ്ട് പേരിങ്ങനെ ഓടുക മുമ്പിലൊരാൾ ഓടുന്നുണ്ട് പുറകിലൊരാൾ ഓടുന്നുണ്ട് എന്തെങ്കിലും പോകുന്ന വഴിക്ക് ഒരു പ്രശ്നം വന്നാൽ ഒരു ആപത്ത് വന്നാൽ ഒരു അത്യാഹിതം വന്നാൽ ആരാ അതിൻ്റെ അകത്ത് പെടുന്നത് മുമ്പിൽ പോകുന്ന ആളാണ് മുമ്പിൽ പോകുന്ന ആൾ അതിൻ്റെ അകത്ത് അപകടത്തിൽപ്പെട്ടാൽ പുറകിൽ നിൽക്കുന്ന ആളിന് അതിൽ നിന്ന് ഒരു ഒരു പാഠമെടുത്ത് തനിക്കെന്ത് ചെയ്യാൻ കഴിയും രക്ഷപ്പെടാനായിട്ട് കഴിയും കർത്താവ് നമ്മുടെ ഫോറണ്ണറാണ് എന്നുള്ളത് ഒരു പേടിപ്പിക്കുന്ന കാര്യം പോലെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുക എന്താ കർത്താവ് നമ്മുടെ മുന്നോടിയായിട്ട് ഓടി അവിടുന്ന് പാപമൊന്നും ചെയ്തില്ല നമ്മളും അതുപോലെ പാപമൊന്നും ചെയ്യരുത് കർത്താവ് മുന്നോടിയെന്നുള്ള വാക്കിൻ്റെ ഒളിഞ്ഞിരിക്കുന്ന സ്നേഹത്തെ ചിലപ്പോൾ നമ്മൾ കാണുകയില്ല അത് നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കും നമ്മൾ ഓർക്കുക എന്നാൽ ഡിമാൻഡ് ഉണ്ട് ഞാൻ ഇന്ന് പറയുന്നതൊന്നും ഡിമാൻഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല മറിച്ച് ഏകപക്ഷീയമായ സ്നേഹത്തോട് മാത്രം ബന്ധപ്പെട്ടത് കർത്താവ് നമ്മുടെ മുന്നോടിയായിരിക്കുമ്പോൾ നമുക്ക് മുമ്പേ ആപത്തുണ്ടെങ്കിൽ ആപത്തിൽപ്പെടാനായിട്ടുള്ള റിസ്ക് എടുക്കുന്നതാരാണ് മുൻപിലോട് നാളാണ് മുന്നോടിക്ക് തീർച്ചയായിട്ടും നമ്മളോട് സ്നേഹമുണ്ടെങ്കിലേ അങ്ങനെ നമ്മളെ നയിച്ചു കൊണ്ട് പോകാനായിട്ട് കഴിയുള്ളൂ കർത്താവിനെ കുറിച്ചുള്ള എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് കർത്താവ് നമ്മുടെ രക്ഷകനാണ് മത്ത എഴുതിയ സുവിശേഷം ഒന്നാമധ്യായം ഇരുപത്തൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നു എന്താ പറയുന്നത് ആ കർത്താവിനെ അവൻ നിങ്ങളെ നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുക്ക കൊണ്ട് രക്ഷക യേശു എന്ന പേരിടണം രക്ഷകനാണ് ലൂക്കോസിൻ്റെ സുവിശേഷൻ രണ്ടാമധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട് യേശു എന്ന രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി കണ്ടോ യേശു അപ്പം രക്ഷകനാ നിന്ന് ഈ ലോകത്തിൽ നിന്ന് ഈ പാപത്തിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഫോറിണ്ണർക്ക് സ്നേഹമുള്ളതുപോലെ തന്നെ രക്ഷിക്കുന്ന ഒരാൾക്ക് സ്നേഹമില്ലാതെ രക്ഷിക്കാനൊക്കെ ഇല്ല ഒരു വീട് തീപിടിച്ച് കത്തുന്നു അതിൻ്റെ അകത്തൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ ആർക്ക് കഴിയും സ്നേഹമുള്ള അമ്മയ്ക്ക് മാത്രമേ അതിനകത്തേക്ക് ഓടിച്ചെന്ന് രക്ഷിക്കാനൊക്കെ ഉള്ളൂ കർത്താവ് ഇതുപോലെ ചെയ്ത് കർത്താവ് എന്താ ചെയ്ത് നമ്മൾ പാപത്തിൽ പെട്ട് കിടക്കുകയായിരുന്നു പാപത്തിന് അധീനപ്പെട്ട് കിടക്കുകയായിരുന്നു ഈ തീ പിടിച്ച വീട്ടിലോട്ട് ഓടിക്കയറിയാലേ ഇവിടുന്ന് ഈ കുഞ്ഞിനെ പുറത്ത് കൊണ്ടുവരാൻ ഒക്കെയുള്ളൂ പക്ഷേ ഈ തീ പിടിച്ച വീട്ടിലേക്ക് ഓടിക്കയറുന്ന ആളൊരു റിസ്ക് ഉണ്ട് എന്താ അവിടെ ആ വീടിനുള്ളിൽ പ്രവേശിക്കണം വലിയവനായ ദൈവം പരിശുദ്ധനായ ദൈവത്തിന് ഈ പാപമായ വീട്ടിലേക്ക് കയറാൻ സ്വാഭാവികമായിട്ട് തനിക്ക് വലിയ വലിയ വിഷമമാണ് ബ്രദ സാ സാക്ക് ബ്രദറ് വളരെ ഡൗൺ ടു എർത്തായ ചില ചില ഉദാഹരണങ്ങളൊക്കെ പറയാറുണ്ട് അതിലൂ അദ്ദേഹം പറയാറുള്ള ഒരു ഉദാഹരണം ഇതിനോടുള്ള ബന്ധത്തിൽ പരിശുദ്ധനായ ദൈവം പരിശുദ്ധനായ ദൈവം പരിശുദ്ധനായ ദൈവം എങ്ങനെയാണ് ഈ പാവത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തത് അതിൻ്റെ പിന്നിലുള്ള വിഷമം നമ്മൾ പലപ്പോഴും അറി അറിയയില്ല എന്നിട്ട് ബ്രദർ പറയും നമ്മൾ നല്ല കുളിച്ച് നല്ല ഭംഗിയായിട്ടിരിക്കുക നമ്മളങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു സെപ്റ്റിക് ടാങ്ക് തുറക്ക് സെപ്റ്റിക് ടാങ്ക് സെപ്റ്റിക് ടാങ്ക് അറിയാമല്ലോ ഏ കക്കൂസിൻ്റെ സെപ്റ്റിക് ടാങ്ക് പത്തോ മുപ്പതോ വർഷം കൊണ്ട് ആളുകൾ ഉപയോ ഉപയോഗിച്ച് ഉപയോഗിച്ച് അമേദ്യം മുഴുവൻ വന്ന് നിറഞ്ഞിരിക്കുന്ന ഒരു കുളം പോലെ അമേദ്യം കിടക്കുന്ന ഒരു സെപ്റ്റിക് ടാങ്ക് ഈ സെപ്റ്റിക് ടാങ്കിലേക്ക് കുളിച്ചു വൃത്തിയായ ഒരാൾ അയാൾ അതിനകത്തോട്ട് ചാടുന്ന കാര്യമൊന്നു കൊടുത്തു ഒരു കുളത്തെയും നമുക്ക് ചാടാം പക്ഷേ ഇതിൻ്റെ അകത്ത് ചാട് നമ്മൾ അറച്ച് പോവും അറച്ചു പോവും അല്ലേ ദൈവത്തെ പരിശുദ്ധനായ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഈ നിലയിലാണ് ഇതൊരു കൊച്ചു ഉദാഹരണമാണെന്നാണ് ബ്രവർ പറയാറുള്ളത് നോക്കിയാൽ അപ്പോൾ ആ നിലയിൽ ഇതിൻ്റെ അകത്തേക്ക് ചാടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ ഈ തീ പിടിച്ച് കത്തുന്ന പാപമയമായ ഈ ലോകത്തിലേക്ക് വന്നിട്ട് വേണം നമ്മളെ രക്ഷിക്കാനെന്നുണ്ടെങ്കിൽ അതിന് സ്നേഹമില്ലാതെ അതിനകത്തേക്ക് കടക്കാൻ ഒക്കുകയില്ല നമ്മൾ യേശു രക്ഷകനാണ് രക്ഷിതാവാണെന്നൊക്കെ പറയുമ്പം അതിൻ്റെ പിന്നിലുള്ള സ്നേഹത്തെ പലപ്പോഴും സ്പർശിക്കുകയില്ല എന്നാൽ സ്നേഹമില്ലാതെ രക്ഷകനായിട്ടിരിക്കാനായിട്ട് കഴിയുകയില്ല പ്രിയപ്പെട്ടവര് ഒരു ഒരു വാക്യം യേശയോൻ്റെ പല വാക്യങ്ങൾ വായിക്കാനായിട്ട് താല്പര്യം നമുക്ക് നിർത്താം യേശയാവിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഒരു വാക്യം കൂടെ നമുക്ക് നോക്കാം യേശയോൻ്റെ പുസ്തകം അറുപത്തി നാലാമത്തെ അധ്യായം അറുപത്തി നാലാമത്തെ അധ്യായം അവിടെ അതിൻ്റെ എട്ടാമത്തെ വാക്യം എട്ടാമത്തെ വാക്യത്തിൽ നീ ഞങ്ങളുടെ പിതാവ് ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മനയുന്നവനുമാകുന്നു പിതാവെന്നുള്ള കാര്യം നമ്മൾ കണ്ടു എന്നാൽ ഇവിടെ കണ്ടോ ദൈവത്തെ രക്ഷകൻ എന്നു മാത്രമല്ല നമ്മളെ രക്ഷിച്ചു പാപത്തിൽ നിന്ന് രക്ഷിച്ചു പാപത്തിൽ നിന്ന് രക്ഷിച്ചതിന് ശേഷം നമ്മളെ മനയുന്നവൻ നമ്മളെ രൂപപ്പെടുത്തുന്നവൻ കൂടെയാണ് അവിടുന്ന് എന്ന് പറയുമ്പോൾ പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ വരുന്ന പലരുടെയും പ്രശ്നം എന്താ ചെറുപ്പക്കാരുടെ പ്രശ്നം എന്താ ഞാൻ ദൈവത്തിൻ്റെ സ്നേഹത്തെ കണ്ട് കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചു പക്ഷേ ഈ ഒരു വിശുദ്ധ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെ എനിക്കായിത്തീരാൻ ഒക്കുമോ മോനെ മോളെ പേടിക്കണ്ട നിന്നെ മെനയുന്ന ഒരുത്തനുണ്ട് നിന്നെ ആ നിലയിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരമാക്കി തീർക്കുന്ന ഒരാളുണ്ട് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ദൈവേഷ്ടത്തിനായിട്ട് ദൈവഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറണം ഞാൻ അതിനായിട്ട് പല കാര്യങ്ങൾ ഞാൻ ചെയ്യണം ഞാൻ ചെയ്യണം ഞാൻ ചെയ്യണം ഓക്കെ അതൊരു ശരിയാണ് തീർച്ചയായിട്ടും നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് പക്ഷേ ഇവിടെ ദൈവത്തെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് ആ ദൈവഹിതം ചെയ്തെടുക്കാൻ എന്നെയും നിന്നെയും ആ നിലയിൽ ഒരു മാനപാത്രമായിട്ട് മനഞ്ഞെടുക്കുന്ന ഒരു സ്നേഹം ആ സ്നേഹത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഞാൻ അതിൻ്റെ അറുപത്തി ഒന്നാമത്തെ അറുപത്തി ഒന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പം അങ്ങനെ സ്നേഹി അങ്ങനെ ആ മെനഞ്ഞെടുക്കുന്നതിന് വേണ്ടി കർത്താവ് എന്തെല്ലാം ചെയ്യുന്നു നമ്മളെ ആ നിലയിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മളെ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി കർത്താവ് മുറി കെട്ടുന്നു അറുപത്തൊന്നിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ നോക്കുക അവിടുന്ന് മുറിവ് നമ്മളെ വിടുവിക്കുന്നു നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നു നമ്മളെ ആശ്വസിപ്പിക്കുന്നു നമുക്ക് അലങ്കാരമാല തരുന്നു നമുക്ക് ആനന്ദതൈലം തരുന്നു നമുക്ക് സ്തുതി എന്ന മേലാട നൽകുന്നു എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് നൽകി നൽകിക്കൊണ്ടാണ് നമ്മളെ എന്തു ചെയ്യുന്നത് ആ ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ള ഒരു മാനപാത്രമാക്കി നമ്മളെ രൂപപ്പെടുത്തിക്കൊണ്ടുവരുന്നത് ഈ പ്രോസസ്സിൽ ചിലപ്പോൾ നമുക്ക് എന്ത് പറ്റും ഈ പ്രോസസ്സിൽ ചിലപ്പോൾ നമുക്ക് മുറിവേൽക്കും നമ്മുടെ ഹൃദയം തകരും നമ്മൾ ബത്തരായിരിക്കും പക്ഷേ അതിൽ നിന്നൊക്കെ ദൈവം വിടുവിച്ച് വിടുവിച്ച് വിടുവിച്ച് ആ ഒരു ആ ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് അവിടുന്ന് എന്തു ചെയ്യുന്നു ബത്തന്മാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും തടവുകാർക്ക് വിടുതലും ഹൃദയം തകർന്നു വരെ മുറികെട്ടുന്നു ആശ്വസിപ്പിക്കുന്നു ഇങ്ങനെയെല്ലാം കർത്താവ് മുന്നോട്ട് നമ്മളെ നയിച്ചു കൊണ്ടുപോവുകയാണ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ നമ്മൾ ഇന്നെന്താണ് ചെയ്യുന്നത് നമ്മൾ പത്തോ പതിനഞ്ചോ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വ്യത്യസ്ത ഷെയ്ഡുകളാണ് കണ്ടത് കർത്താവ് നമ്മളെ പിതാവിനെ പോലെ മാതാവിനെ പോലെ ജ്യേഷ്ഠ സഹോദരനെ പോലെ ഉപദേഷ്ടാവിനെ പോലെ സൃഷ്ടാവിനെ പോലെ പേർ വിളിച്ചവനെ പോലെ രൂപപ്പെടുത്തുന്നവനെ പോലെ രക്ഷകനെ പോലെ എല്ലാം നമ്മളെ വിവിധ നിലകളിൽ നമ്മളെ സ്നേഹിക്കുന്നു വിവിധ നിലകളിൽ നമ്മളെ സ്നേഹിക്കുന്നു ആ സ്നേഹത്തെ കാണുമ്പം നമുക്കെന്ത് കാണാൻ കഴിയും അതിനെ കണ്ടാലേ നമുക്ക് കർത്താവിനെ തിരിച്ച് സ്നേഹിക്കാനായിട്ട് കഴിയുള്ളൂ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ദൈവത്തിൻ്റെ ഈ സ്നേഹത്തെ നമ്മുടെ കണ്ണിന് മുമ്പിൽ മറിഞ്ഞിരിക്കുമ്പോൾ അല്ലെ നമ്മൾ സംശയിക്കുമ്പോൾ നമ്മളെന്തോ ചെയ്യണം നമ്മൾ ചെന്ന് ദൈവത്തോട് ചോദിക്കണം ദൈവമേ ഇതെനിക്ക് വെളിപ്പെടുത്തി തരണം മത്തായി കഴിഞ്ഞ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ ആറിൽ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോഴാണല്ലോ രഹസ്യത്തിലുള്ള പിതാവെന്നും രഹസ്യത്തിൽ കാണുന്ന പിതാവെന്നും പറയുന്നു സഹോദര സഹോദരി ഇതിൻ്റെ എൻ്റെ ജീവിതത്തിൽ നമുക്കീ കാര്യം ഒരു വ്യക്തത ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ ചെന്ന് കർത്താവിനോട് പറയുമ്പോൾ കർത്താവ് എന്തോ ചെയ്യും കർത്താവ് നമ്മളെ നമ്മളെ ഈ കാര്യങ്ങൾ കാണിച്ചു തരും അവിടുന്ന് മോനെ നീ പേടിക്കണ്ട എനിക്കൊരു പിതാവിനോടുള്ള പോലെ നിനക്ക് കൊണ്ട് സ്നേഹമുണ്ട് മകളെ നീ പേടിക്കണ്ട ഒരു മാതാവിനോട് നീ നിൻ്റെ പ്രശ്നങ്ങൾ പറയുന്ന പോലെ നിനക്കെന്നോട് പറയാം ആ കുഞ്ഞെ നീ പേടിക്കണ്ട ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ അടുത്ത് അഭയം തേടുന്നത് പോലെ നിനക്കെൻ്റെ അടുത്ത് വരാം ഓ സഹോദരൻ നീ പേടിക്കണ്ട നിൻ്റെ മുമ്പിൽ ഞാൻ ഓടി നിനക്ക് നിനക്ക് മുമ്പാകെ ചെന്ന് ആ കഷ്ടങ്ങളെ ഞാൻ നേരിട്ടോളാം ഞാൻ നിന്നെ രക്ഷിച്ചെടുത്തു നിന്നെ മെനഞ്ഞ് ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ഡിമാൻഡിനൊത്ത് ഞാൻ നിന്നെ ആക്കിക്കോളാം ആ പ്രോസസ്സിൽ ഞാൻ നിൻ്റെ മുറിവ് കെട്ടാം നിനക്ക് സ്വാതന്ത്ര്യം നൽകാം നിന്നെ നിനക്ക് വിടുതൽ നൽകാം എന്നെല്ലാം പറയുന്ന ആ കാര്യങ്ങൾ നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ കണ്ണിന് മുമ്പിൽ മറിഞ്ഞിരിക്കുമ്പോൾ മറവായിരിക്കുമ്പോൾ നമുക്ക് ഇന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവിൻ്റെയും നിനക്ക് തരും അവൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ കാര്യത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ സംശയിക്കുമ്പോൾ നമ്മളെന്തെങ്ങോട്ടാണ് ചെല്ലേണ്ടത് രഹസ്യത്തിൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് തന്നെ ചെല്ലുന്നു രഹസ്യത്തിൽ ചെല്ലുമ്പോൾ ദൈവം എന്തേ ചെയ്യും ആ പ്രാർത്ഥനയിൽ ദൈവം തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരും നീ ഭയപ്പെടണ്ട നീ എന്തിനാ ഭയപ്പെടുന്നത് അല്പവിശ്വാസിയെ നീ എന്തിനെ സംശയിച്ചു ഞാനില്ലേ ഞാനില്ലേ ഞാനാര ഞാൻ നിൻ്റെ പിതാവ മാ മാതാവാണ് ജ്യേഷ്ഠ സഹോദരനാണ് ഏതെല്ലാം തരത്തിലുള്ള ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് വിഷമിക്കണ്ട എന്ന് കർത്താവ് പറയും ഞാൻ യോഹനൻ്റെ സുവിശേഷത്തിലെ കർത്താവ് പറഞ്ഞാൽ രണ്ട് മൂന്ന് വാക്യങ്ങളൂടെ രണ്ട് വാക്യങ്ങളൂടെ ഞാൻ വായിച്ച് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു നമ്മളിങ്ങനെ ചെന്ന് കർത്താവിനോട് ചോദിക്കുമ്പം കർത്താവ് നമ്മളെ തൻ്റെ ആ സ്നേഹത്തിൻ്റെ ആ യാഥാർത്ഥ്യം കാണിക്കും നമുക്കൊരു പിതാവിൻ്റെ സ്നേഹമാണോ വേണ്ടത് കർത്താവിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്ക് അപ്പം കർത്താവ് പറയും എനിക്ക് നിന്നോടൊരു മകനോടുള്ള പോലെയുള്ള സ്നേഹമുണ്ട് നമുക്കൊരു ഉപദേശമാണോ വേണ്ടത് കർത്താവിൻ്റെ അടുത്ത് ചെല്ല് കർത്താവ് പറയും ഞാനൊരു ഉപദേഷ്ടാവ് താൻ ആലോചന കൊടുക്കുന്ന ആളെ സ്നേഹിക്കുന്നതുപോലെ നിന്നെ സ്നേഹിക്കുന്നു യോഹനാൻ്റെ സുശേഷം ആറിൻ്റെ മുപ്പത്തിയേഴാമത്തെ വാക്യം എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും എൻ്റെ അടുക്കൽ വരുന്നവന് നമ്മൾ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ അടുത്ത് ഇല്ലേ എന്നെ കാണിച്ചു തരണേ എനിക്ക് പല സംശയങ്ങൾ വരുന്നു എനിക്ക് നിൽക്കാനൊക്കെ തോന്നുന്നില്ല ഉടനെ കർത്താവ് പറയുന്നത് എന്താ കർത്താവിന് തൻ്റെ സ്വഭാവം ത്യജിക്കാനൊക്കെ അല്ലേ എൻ്റെ അടുക്കിലേക്ക് ഒരു വന്നാൽ അവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല അധ്വാനിക്കുകയും ഭാരം ചോക്കുകയും ചെയ്യുന്ന ഏവരും നിങ്ങളെൻ്റെ അടുക്കൽ വരുവേ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും അതുകൊണ്ട് കർത്താവിൻ്റെ അടുത്ത് പോകാൻ നമ്മൾ പേടിക്കണ്ട എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം കൂടെ നമുക്ക് വായിച്ച് നമുക്കിവിടെ അവസാനിപ്പിക്കാം അവിടെ കർത്താവ് പറയുന്നു ഏകസത്യദൈവുമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു നമ്മുടെ ആഗ്രഹം എന്താ നമുക്ക് നിത്യജീവൻ വേണം നിത്യജീവൻ വേണം നിത്യജീവൻ കിട്ടാനുള്ള മാർഗം എന്താ നിത്യജീവൻ കിട്ടാനുള്ളത് യേശുവിനെ ദൈവത്തെ അറിയുക അറിയുന്നതാണ് നിത്യജീവൻ നമ്മൾ ഇന്നെന്താ ചെയ്യുന്നത് ദൈവത്തെ പല നിലകളിൽ അറിയുന്ന വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത് പിതാവായിട്ടും മാതാവായിട്ടും ഉപദേഷ്ടാവായിട്ടും ജ്യേഷ്ഠവനായിട്ടും ഓ പ്രശ്നങ്ങളിൽ നമ്മോടൊപ്പം നിൽക്കുന്നവനായിട്ടും നമ്മുടെ കൂടെ ചൂട് വെക്കുന്നവനായിട്ടും നമ്മുടെ വിശപ്പിനെ അടക്കി നമുക്ക് അപ്പമെടുത്ത് വാഴ്ത്തി തരുന്നവനായിട്ടും ഒക്കെ നമ്മളറിഞ്ഞു ഈ ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കുകയും പ്രിയ കുഞ്ഞുങ്ങളെ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളത്തെ ഈ കാര്യങ്ങൾ ഉറപ്പിക്കുകയും ചെയ്യാം